ശ്രീമ സുഹ ഉം <laughs> ഉം ചൈതന്യത്തിന്റെ ഏകത്വം അതാണ് ചർച്ച ചെയ്യുന്നത് ചൈതന്യ വേഗമാണ് അദ്വയമാണോ അതാണ് സ്വരൂപം ജാഗ്രസ്വത്തിന് സുഷൃത്തികളിൽ അതേകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് തന്നെ നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നു ചൈതന്യം തന്നെ ജനധർമ്മ ചൈതന്യം ആത്മേവ ആ ചൈതന്യമാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത് അത് തന്റെ സർവസ്വരൂപമായിരിക്കുന്നു അതുതന്നെ നാം ഒരു ഉപാധിധർമ്മയെ അവഭാസിക്കുന്നതാ ചൈതന്യം എന്നിതാനൂടെ അനുശ്രുതിയും മാറിപ്പോ ഞാനും എന്ന് പറയുന്നത് ഞാൻ അറിയുമ്പോ ഞാനും അടുത്ത വേറെ വസ്തുവിനെ അറിയുമ്പോ അവിടെ ഈ വസ്തുവില്ല പക്ഷെ ഞാനും ഉണ്ട് അതാണ് സ്വരൂപ വിദ്യാലു ചൈതന്യ സാധാരണ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അപ്പോ പല പദാർത്ഥങ്ങളെ അറിയുന്നുണ്ട് വസ്തുക്കൾ അനുഭവത്തിന് വിഷയമാകുന്നു വസ്തുക്കളെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു അയ്യോയ പദാർത്ഥവും വിജ്ഞായതേ തഥാ തഥാ ന്യായമാനത്വ ചൈതന്യ അഭ്യബിചാരി വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് വസ്തുക്കൾ മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ചൈതന്യം മാറുന്നില്ല അറിവ് മാറുന്നില്ല പിന്നെ വസ്തു ഭവതീന്ന് ന്യായതെ ഇരിച്ച അനുഭവം ഇനി ഒരു വസ്തു കൊണ്ട് അറിയുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനാണ് ഗുഹയുടെ കാര്യം മണി ഗുഹയുടെ അകത്തൊരു വസ്തുണ്ട് ഞാൻ അറിയുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഗുഹയുടെ അകത്ത് വസ്തു കൊണ്ട് ഞാൻ അറിഞ്ഞല്ലോ ഗുഹയ്ക്കകത്തുണ്ടെന്ന് അപ്പോ വസ്തു ഉണ്ടായിരിക്കുക അതറിയാതിരിക്കുക അങ്ങനെ സംഭവിക്കുന്നില്ല അത് പറഞ്ഞു രൂപ ദൃശ്യത എന്നെച്ച അസ്ഥി ചക്ഷരീയത് കാണുന്നുള്ള കണ്ണില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ല വിചരിതം ഞാനും അങ്ങനെ സംഭവിക്കാം ഒരു വസ്തുവിനെ അറിയുമ്പോൾ മറ്റൊരു വസ്തുവിനെ കുറിച്ചുള്ള ബോധമില്ല പക്ഷെ ബോധം എവിടെയുണ്ട് മറ്റൊരു വസ്തുവിനെ കുറിച്ചുള്ള ബോധമില്ലെന്നേ ഉള്ളൂ ഇപ്പൊ ഞേയം ലഭിചരുതി ഞേയമായ ഞേം എന്ന് പറഞ്ഞാൽ അറിയുന്ന വസ്തുക്കൾ അത് മാറാം പക്ഷെ ഞാനമ്മോ അത് ഒരിക്കലും മാറുന്നില്ല വസ്തു ഉള്ളൂ ഒരു വസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ പുസ്തകത്തെ കുറിച്ച് അറിയുമ്പോൾ അവിടെ മേശയില്ല പുസ്തകമേ ഉള്ളൂ മാറി വസ്തു മാറി പക്ഷെ ജ്ഞാനം മാറുന്നില്ല എന്നോ അതാണ് വ്യഭിചരി ജ്ഞാനത്തിന്റെ സ്വഭാവം എന്താണ് ഒരു വസ്തു ഇല്ലെങ്കിൽ വേറൊരു വസ്തുവിൽ ഞാനും കാണും അതല്ലെങ്കിൽ മറ്റൊരിടത്ത് കാണും ജ്ഞാനം ജ്ഞാനം എപ്പോഴാണ് ഇല്ലാത്തത് ഞാന സദ ഉണ്ടെന്നർത്ഥം നഹി ഞാന് അസതി ഞേയം നമ്മഭോതികസ് ജ്ഞാനം ഇല്ലാതിരിക്കേ ജേയം അങ്ങനെ ഒന്നില്ല ജ്ഞാനം ഇല്ലാതിരിക്കുക ഞയൂ എന്നുവെച്ചാൽ നമ്മളറിയാതിരിക്കുക വസ്തു ഉണ്ടായിരിക്കുക അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല ഞാനെ അസതി ഞെയും നാമ ഭവതി കസിച്ചിട്ടുണ്ട് അതെങ്ങനെ പറയാൻ പറ്റും അറിയാതിരിക്കുക വസ്തു ഉണ്ടായിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്ക സംഭവിക്കുന്നില്ല അന്നടത്തോ പറയുന്നു സുഷുപ്തെ ആദർശന ജ്ഞാനസ്യാപി സുഷുപ്തെ അഭാവാ ജ്ഞേയോ ജ്ഞാനസ്വരുവശ്യ വിചാരിച്ച് പറയുന്നു സുഷുപ്തിയിൽ ജ്ഞാനമില്ലല്ലോ ജ്ഞാന സദാ ഉണ്ടെന്ന് പറയുന്നു ശരി അത് പറയാം ഈ വസ്തുവിനെ അറിയുമ്പോ ആ വസ്തുവേളൂ മറ്റൊരു വസ്തുല്ല അതുപോലെ ജ്ഞാനത്തെ സംബന്ധിച്ചും പറയാം ജാഗ്രത സ്വപ്നത്തിലും ജ്ഞാനുണ്ട് സുഷുപ്തിയും ജ്ഞാനമില്ല ജ്ഞാനസാപി സുഷൃത്യ അഭാവാജ്ഞേയോ ജ്ഞാനസ്വരൂപസ് വഭിചാരജി അതുപോലെ ഞാനും മാറിപ്പോകുന്നുണ്ട് ഞാനും ഇല്ലാത്ത അവസ്ഥയുണ്ട് അല്ല സുഷ്ടയും ഞാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെല്ലാത്തിനെയും അറിയണം അറിഞ്ഞുകഴിഞ്ഞാൽ ജാഗ്രതോ സ്വപ്നമോ ആവും സുഷൃത്തിയിൽ ഞാനുണ്ടെന്ന് പറയാം ഞാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഷൃത്തിയിൽ അറിയുന്നു അങ്ങനെ സൃഷ്ടിയിൽ അറിയുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം അറിയുന്നു എന്നുള്ള മാതാണ് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം സുഹൃത്തിയിൽ അറിയുന്നു എന്നിങ്ങനെ പറയാൻ പറ്റും സുഹൃത്തിയിൽ അറിയുന്നില്ലെങ്കിൽ അവിടെ അറിവില്ല എന്നാണ് ഇത് ചെയ്യുന്ന അത് ശരിയല്ല സിദ്ധാന്തി പറയുന്നു ഭാസകസ്യ ജ്ഞാനസ്യോക അഭിവ്യഞ്ജകത്വ സ്വ്യാഭാവേ ആലോകാഭാവ അനുപത്തിവത് സുഹൃത്തെ വിജ്ഞാനാഭാവ അനുപത്തി ആലോകം വെളിച്ചം വെളിച്ചം എന്താണ് മുമ്പിലിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കാണ് അഭിവ്യഞ്ചിപ്പിക്കുന്നു അതിന്റെ ജോലി അതാണ് അത് വ്യഞ്ചകം മുമ്പിലിരിക്കുന്ന വസ്തുവിന്റെ പ്രകാശകമാണ് വെളിച്ചം ആ വെളിച്ചം മുമ്പിലിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു പറയുന്ന മുമ്പിൽ വസ്തുല്ല വ്യങ്ക്യം ഇല്ല മേശയില്ല മേശയെ വെളിച്ചം പ്രകാശിപ്പിച്ചു പക്ഷെ മേശയില്ല അതുകൊണ്ട് വെളിച്ചമില്ലെന്ന് പറയാൻ പറ്റും മേശയില്ലെങ്കിൽ വെളിച്ചമില്ലെന്ന് പറയാൻ പറ്റില്ല മേശയെ പ്രകാശിപ്പിച്ച വെളിച്ചം തന്നെ പക്ഷെ മേശയില്ല അതുകൊണ്ട് വെളിച്ചമില്ലെന്ന് പറയാൻ പറ്റില്ല പറയുന്നത് എന്തുകൊണ്ടാണ് േശയിൽ ഞാൻ വെളിച്ചം കാണുന്നുണ്ട് മേശയില്ലെങ്കിൽ മേശയിലെ വെളിച്ചവും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചമില്ലെന്നാണോ അല്ല അവിടെ അതിന്റെ അഭാവത്തെ വഞ്ചിപ്പിക്കുന്നു വെളിച്ചം ഇപ്പൊ വെളിച്ചോടെ ഉണ്ടായിരിക്കും മേസയില്ലെങ്കിൽ എന്തിനാ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു ഇവിടെ പറയുന്ന ഇവിടെ മേസയില്ല ആഭാവത്തെ അത് പ്രകാശിപ്പിക്കുന്നു വിളിച്ചവടെ ഉണ്ടായിരിക്കും അഭിവ്യഞ്ജക അതാണ് ആലോകവത് നെയ അഭിവ്യഞ്ജകത്വ സ്വവ്യാഭാവേ ആലോകഭാവ അനുപത്തിവദ് സുഷുതേ വിജ്ഞാന അഭാവാനുപൂത്തേഹി അതുകൊണ്ട് സുഷു വിജ്ഞാനം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ജേയ ഔപാസകസ്യ ജ്ഞാനസ്യ ഞേയമായ എല്ലാത്തിനെയും ചെയ്യുന്നത് നെയം അറിവിന് വിഷയമായിരിക്കുന്നു അറിവിപ്പോയ വസ്തുക്കളെല്ലാം പ്രകാശിപ്പിക്കുന്നു ആ വസ്തുവില്ലെങ്കിൽ അറിവില്ലെന്നർത്ഥമുണ്ടോ ഇല്ല ഒരു വസ്തുവുമില്ല ഇല്ലെങ്കിൽ അറിവ് ഇല്ലായ്മ പ്രകാശിപ്പിക്കും അറിവില്ലായ്മ പ്രകാശിപ്പിക്കും അതറിവ് ചെയ്തു അറിവില്ല എന്നർത്ഥമില്ല ഇവിടെ മേശ ഇല്ലെങ്കിൽ മേശയുടെ ഇല്ലായ്മയും വെളിച്ചം പ്രകാശിപ്പിക്കും അല്ല സുഷുതിയിൽ ഒരു വസ്തുക്കളും ഇല്ല വിഷയങ്ങളൊന്നും തന്നെ ഇല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കും ഇതാ അറിയുന്നു എന്ന് പറയും ജാഗ്രത സ്വപ്നങ്ങൾ അവിടെ വിഷയങ്ങളേ ഇല്ല യാതൊന്നുമില്ല അത് പറഞ്ഞല്ലോ എല്ലാം അവിടെ ഏകീഭവിച്ചെന്നും പറഞ്ഞു ഒന്നവിടെ അവശേഷിക്കുന്നില്ല ചെറും ചൈതന്യത്തോടെ പോയി അവിടെ വിഷയങ്ങളില്ല ഒന്നിനെ അറിയുന്നില്ല അറിയുന്നില്ലെങ്കിൽ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അവിടെയുള്ളത് അറിയുന്നില്ല എന്ന് വെച്ചാൽ അറിവില്ലായ്മ ഒരു വിഷയത്തെ അറിയുന്നില്ല ആ അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു എന്ത് ആ അറിവില്ലായ്മ എവിടെയാ അറിവിൽ അപ്പൊ സൃഷ്ടിയിലറിവുണ്ട് പക്ഷെ വിഷയങ്ങളെ സംബന്ധിച്ച് അറിവില്ലെന്നേ ഉള്ളു അതവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ പറഞ്ഞു അവിടെ ആ ജീവൻ തന്നെ പരനോട് ഏകീഭവിച്ചു ഇന്ദ്രിയങ്ങൾ മനസ്സ് എല്ലാം അവിടെ ഏകീഭവിച്ചു അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല പക്ഷെ ഉണർന്നതിനു ശേഷം പറയുന്നുണ്ടല്ലോ ഒന്നും അറിഞ്ഞില്ല എന്നുവച്ചാ ഒന്നിനെ സംബന്ധിച്ചുള്ള അറിവ് അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല അറിവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മേശ ഇല്ലയെന്നു പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് മേശയുടെ ഇല്ലായ്മയാളുള്ളത് അപ്പൊ പിന്നെ അവിടെ എന്താ ഉള്ളത് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് അറിവിന്റെ ഇല്ലായ്മ പൂർണ്ണമായ അറിവിൻ്റെ ഇല്ലായ്മ അല്ല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് അറിവിന്റെ ഇല്ലായ്മ അറിവ് ഇല്ലായ്മ അതാണ് പറയുന്നത് അറിവില്ല അറിവുണ്ടായിരുന്നില്ല വളർന്നതിന് ശേഷം പറയുന്നു വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഇല്ലായ്മ അതാണ് സുഹൃത്തിയിൽ ബോധമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്തിനെ സംബന്ധിച്ചുള്ള ബോധം എന്നുള്ളതാണ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബോധം ആ ബോധം അവിടെ ഉണ്ടായിരുന്നുണ്ട് ശരി ആ ബോധമില്ലായ്മ ഉണർന്നതിന് ശേഷം എങ്ങനെ അതിനെ അറിയാൻ കഴിയുന്നു ബോധമില്ലായ്മ അവിടെ ആരറിയിച്ചു ആ ബോധമില്ലായ്മ ഏതൊരു ബോധത്തിലാണോ നിന്നത് അതിനുസാർ പറയുന്നതാണ് ആ ബോധമില്ലായ്മയുടെ ഒരു സാക്ഷി അറിവില്ലായ്മയുടെ ആ അറിവില്ലായ്മയ്ക്ക് എന്തിനെ സാക്ഷിയാക്കാൻ പറ്റൂ അറിവിനേ പറ്റൂ മറ്റെന്തിനെങ്കിലും സാക്ഷിയാക്കാൻ പറ്റും അപ്പോൾ അറിവ് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മ ആ ബോധമില്ലായ്മ അത് സാക്ഷിയായിരുന്നു അവിടെ വിഷയങ്ങളോ വിഷയങ്ങളോ പ്രകാശിപ്പിക്കുന്ന ഒരറിവോ അതില്ല പക്ഷെ അറിവില്ലായ്മയുടെ സാക്ഷിയ അറിവില്ലായ്മയെ പ്രകാശിപ്പിച്ച ആ ബോധം ആ ബോധം തന്നെയാണ് ജാഗ്രതയിലേക്ക് വന്ന് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് അപ്പം ഇവിടെ വീണ്ടും വന്നത് വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം വന്നപ്പോൾ അത് ആ അവസ്ഥയെക്കുറിച്ച് സൃഷ്ടിയാവസ്ഥയെക്കുറിച്ച് എന്താ പറയാനുള്ളത് അവിടെ ഒരു വിഷയങ്ങളെക്കുറിച്ചുമുള്ള ബോധം ഉണ്ടായിരുന്നില്ല ബോധമില്ലായിരുന്നു ഒന്നും അറിഞ്ഞില്ല അറിയുന്നതിനുള്ള വിഷയങ്ങളെ അറിയുന്നതിനുള്ള ബോധം ഉണ്ടായിരുന്നില്ല അതിനെ പ്രകാശിപ്പിക്കുന്ന എന്താ അവിടെയും ഇവിടെയും ഇരിക്കുന്ന ചൈതന്യം അത് പ്രകാശിപ്പിക്കുകയാണ് സാധാരണ പറയാറുണ്ടല്ലോ ബോധം കെട്ടുപോയി ബോധം നശിച്ചുപോയി എന്ന് പറഞ്ഞു ബോധത്തിന്റെ നാശം ഏത് ബോധം നശിച്ചതെന്ന് പറയുന്നത് വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരുന്ന ബോധം വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ശരീരം മനസ്സ് എല്ലാം എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരുന്ന ആ ബോധം അത് വിഷയങ്ങളെ ഓരോന്നോരോന്നായി അറിഞ്ഞുകൊണ്ടിരുന്ന ബോധം ആ ഓരോരോ വിഷയങ്ങളെയും അറിയാതെയായി സർവ അറിവിന്റെയും ശൂന്യത വന്നു അറിവില്ലായ്മ എന്ന് പറയുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു അറിവില്ലായ്മയെ ജാഗ്രതയിലിരുന്നു കൊണ്ട് പറയുന്നു ആ സ്ഥാനത്ത് അറിവില്ലായ്മ മാത്രമായിരുന്നു ആ അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം അത് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ആലോകവത്യ അഭിവ്യഞ്ജകത്വ സ്വവ്യാഭാവേ ആലോകാഭാവ അനുപത്തിവത് സുഷുപ്തി വിജ്ഞാന അഭാവനുപത്തി വ്യംഗ്യമില്ല വ്യഞ്ജകമില്ല പ്രകാശ്യമില്ല പ്രകാശകമില്ല അത്രയേ ഉള്ളൂ പക്ഷേ അവിടെ കേവലമായ വിജ്ഞാനം അവിടെ സ്ഥിതി ചെയ്യുന്നു സുഷുതിയിൽ ആ വിജ്ഞാനത്തിന് വിഷയമാക്കാനൊന്നുമില്ല പിന്നെ ഈ ജാഗ്രത്തിലെ ഈ അനുഭവങ്ങളുടെ ശൂന്യത അതാണ് അവിടെയുള്ളത് അതിനെ പ്രകാശിക്കുന്നു ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാത്തവനായ സർവ്വ അറിവുകളുടെയും നാശത്തെ അറിയുന്നവനായ ചെയ്തിന് ശേഷിച്ചിരുന്നു അതുകൊണ്ട് വിജ്ഞാനാഭാവം അത് പറയാൻ പറ്റത്തില്ല അവിടെ വിജ്ഞാനം ഉണ്ടായിരുന്നു അപ്പം രണ്ടും പറയാം എന്ന് ചുരുക്കം സുഹൃത്തിയും ജ്ഞാനം ായിരുന്നു എന്ന് പറയാം എന്തുകൊണ്ട് അവിടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ഞാൻ ഉണ്ടായിരുന്നില്ല സുഷുപ്തി ഞാനുണ്ടായിരുന്നു എന്ന് പറയാം എന്തുകൊണ്ട് ആ എല്ലാ അറിവില്ലായ്മകളെയും പ്രകാശിപ്പിക്കുന്ന ആ കേവലമായ അറിവ് അത് ഈ ജാഗ്രത്തിൽ എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്ന ആ കേവലമായ അറിവ് അതവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സുഷുപ്തനായിരുന്നു ഞാനൊന്നും അറിയാതിരുന്നു എന്നെല്ലാം ഉടനു ശേഷം പറയാൻ കഴിയുന്നു അന്ധകാരി ചുഷ രൂപ അനുപലബ്ധു ചുഷ അഭാവ സഖ്യ കപ്പും ക്ഷണഭങ്കുരവാദികൾ ക്ഷണം കൊണ്ടെല്ലാം നശിച്ചു തോന്നുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊരു പേര് കിട്ടി വൈനാശികന്മാർ നാശത്തെക്കുറിച്ച് പറയും പ്രദിക്ഷണെ എല്ല നശിക്കുന്നു പറയുന്നത് പിന്നെ നാശ വൈനാൻമാരെ നല്ല അങ്ങനെ പറയും വിനാശത്തെ കുറിച്ച് പറയുന്നു അവർക്ക് വിനാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും അപ്പൊ അവർക്കങ്ങനെ ഒരു പേര് കിട്ടി അല്ല അവരോട് ദേഷ്യം കൊണ്ട് പറയുന്നതല്ല ചില ആൾക്കാർ പറയുമല്ലോ നാശം അങ്ങനെ പറയുന്നത് എന്താ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് അവർക്ക് കിട്ടുന്ന പേരാണ് അവരോട് ചോദിക്കുകയാണ് അന്ധകാരെ ചക്ഷുഷാരൂപ അനുപലബ്ധവും ഇരട്ടിൽ കണ്ണുകൊണ്ടൊന്നിനെയും കാണുന്നില്ല കണ്ണുണ്ട് പക്ഷെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റുന്ന എന്തുണ്ട് വിളിച്ചമില്ല ചക്ഷുഷ അഭാവശക്തിപ്പോൾ ഇതും വൈനാശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പറയും എന്താണ് ഇരട്ടിൽ കണ്ണില്ല എന്ന് പറയും പക്ഷെ വെളിച്ചം വന്നതിന് ശേഷം പറയും അവിടെ ആ സമയത്ത് ഈ രട്ടിൽ ഞാൻ ഒന്നിനെയും കണ്ടില്ല കാണാൻ എന്ത് വേണം വെളിച്ചം വേണം പക്ഷെ കണ്ണവിടെ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല അതുപോലെ സുഷൃത്തിനുണ്ടക കണ്ണ് ഒന്നിനെയും കണ്ടില്ല അത് ശരിയാണെന്തുകൊണ്ട് അവിടെ കാണേണ്ട വിഷയങ്ങളോ കാഴ്ചക്കാരായ അറിവുകളോ രണ്ടുമില്ല അത് ഇല്ലായെന്നൊരു വിഷയങ്ങളെങ്ങനെ ഹിമാലയ പർവ്വതൊക്കെ അപ്രത്യക്ഷമായി എന്നിട്ട് വീണ്ടും എന്താ ഉയർന്നുവന്നാണ് അങ്ങനെയല്ല സ്വരൂപദൃഷ്ടിയിൽ പറയും സ്വരൂപദൃഷ്ടിയിൽ അവിടെ ഒന്നു ശേഷിക്കുന്നില്ല കഴിഞ്ഞു പറയുക പൃഥി പൃഥിവി മാത്ര പൃഥ്വിയും പൃഥിവി മാത്രയും എല്ലാം പോയി ഒന്ന് മുമ്പ് പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ രണ്ടുമില്ല അവിടെ വിഷയവിഷയികളില്ല വിഷയിരിക്കേണ്ട ചൈതന്യം വിഷയങ്ങളെ അറിയുന്ന ചൈതന്യം വിഷയങ്ങളില്ല അധ്യാസമില്ല എന്ന് പറയും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ സ്വരൂപ ദൃഷ്ടി വിട്ട് ശരീര ദൃഷ്ടിയിലേക്ക് വന്നാൽ അവിടെ ശരീരം ഉണ്ട് അത് അംഗീകരിക്കാം പരദൃഷ്ടിയിലെ അംഗീകരിക്കാം ആത്മദൃഷ്ടിയിൽ എന്താണ് കേവലമായ ആത്മദൃഷ്ടി മാത്രം അപ്പോൾ അത്വിതം അതാണ് കേവലമായ ആത്മദൃഷ്ടിയിൽ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ പറയുന്നത് എന്നാലും അതങ്ങനെ പറയാൻ കഴിയും കാരണം താൻ ഉറങ്ങി കടന്നിരുന്നപ്പോഴീ ലോകം ഉണർന്നിരുന്നുള്ളൂ താൻ ഒരാള് യുക്തി പറയാം ഞാൻ ഒരാൾ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ ഉറങ്ങിയത് കൊണ്ട് പ്രപഞ്ചം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എത്ര പേർ ഉണർന്നിരിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടെന്ന് പറയാമല്ലോ പറയാം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ല ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് മറ്റൊരാൾ ഉണർന്നിരുന്നു അപ്പം ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് പ്രപഞ്ചം ഇല്ലയെന്ന് പറഞ്ഞാൽ അതേസമയം മറ്റൊരാൾ ഉണർന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടെന്നും പറയാമല്ലോ തർക്കം അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഞാൻ ഉറങ്ങി സമയത്ത് ഉറങ്ങിക്കിടന്ന സമയത്ത് ആരും തന്നെ ഇവിടെ എന്തുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും സംബന്ധിച്ച് ഉറങ്ങുന്ന സമയം അങ്ങനെ ഒരു സമയമില്ല കാലം എപ്പോഴേ ഉള്ളൂ ഉണർന്നിരിക്കുമ്പോഴേ ഉള്ളൂ കാലബോധം ദേശബോധം എല്ലാം ഉണർവിനെ ആശ്രയിച്ചാണ് എനിക്ക് ബാഹ്യമായ പദാർത്ഥങ്ങളെപ്പോലെ ഒരു വസ്തുവല്ലാതെ അപേക്ഷികമായി ബോധത്തെ ആശ്രയിച്ചിരിക്കുകയാണ് അങ്ങനെ കാലദേശങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ആ ബോധം എപ്പോഴാണോ ഇല്ലാതിരിക്കുന്നത് ആ സമയത്ത് കാലമേയില്ല കാലശൂന്യമാണത് സുഹൃപ്തി അവിടെ കാലമില്ല മറ്റൊരാൾ ഉണന്നിരിക്കുന്നതും അയാൾക്ക് സുഷുക്തി അല്ല അതുകൊണ്ടാണ് അവിടെ കാലമുള്ളത് സുഷുപ്തി സമയത്ത് കാലമില്ല അപ്പൊ സുഷുക്തി ഉറങ്ങുന്ന കാലം അങ്ങനെ ഒന്ന് ഉറങ്ങുന്നവനെ സംബന്ധിച്ചില്ല കാലമുണ്ടെങ്കിൽ എന്ത് വേണം ഞാനപ്പറിയണം ഇതാ ഈ നിമിഷം എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ ബോധത്തിൽ വന്നാലേ കാലത്തിന് നിലനിൽക്കാൻ പറ്റും അത് ഉണരുന്നവനേ ഉള്ളൂ മറിച്ച് ഉറങ്ങുന്നവനെ സംബന്ധിച്ച് കാലമില്ല കാലബോധമില്ല ഉറങ്ങുന്ന കാലം എന്നുള്ളത് ഉറങ്ങുന്നവനെ സംബന്ധിച്ചില്ല കാലദേശങ്ങളില്ല അതുപോലെ തന്നെ എന്താണോ കാലദേശങ്ങൾക്ക് സംഭവിച്ചത് അവനെ സംബന്ധിച്ച് സർവപ്രപഞ്ചത്തിന് സംഭവിച്ചില്ല അവിടെ എന്താണ് കേവലമായ സ്വരൂപസ്ഥിതി കേവലമായ ആ ചൈതന്യം മാത്രം വിഷയങ്ങളെ അറിയുന്നില്ല അതുകൊണ്ട് ചൈതന്യമില്ല എന്ന് പറയാൻ കഴിയത്തില്ല അതിനറിയണ്ടതായ യാതൊന്നും കാലദേശങ്ങൾ ഉൾപ്പെടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല അന്ധകാരി ചക്ഷുഷാരൂപാനുപലബ്ധവും വിരളിൽ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് വിചാരിച്ച് കണ്ണില്ല എന്ന് പറയാൻ പറ്റില്ല ചക്ഷു അഭാവശക്തിക്കൽപ്പം ഇതും വൈനാശികേന അങ്ങനെ ഭീഷണഭങ്കുരവാദികൾ വിജ്ഞാനവാദികൾ അവർക്കത് പറയാൻ കഴിയത്തില്ല ആർക്കും പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് സുഷൃത്തി ഇതെന്താണ് ഇരട്ടിലെ കണ്ണുപോലെ ആകെ കണ്ണവിടെ പ്രകാശിക്കുകയാണ് ആ പ്രകാശത്തിൽ എന്തുകൊണ്ട് ഇതെല്ലാം പ്രകാശിക്കുന്നില്ല ഉണർന്നിരിക്കുമ്പോൾ പ്രകാശിക്കുന്നു കാലദേശങ്ങളെല്ലാം ജ്ഞാനം പ്രകാശിക്കുകയാണെങ്കിൽ അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കണ്ടേ കാരണം പ്രകാശിക്കാൻ അവിടെ ഒന്നുമില്ല പ്രകാശിപ്പിക്കാനൊന്നുമില്ല എന്താണോ സ്വം അഭിഗതവും ഭഗവതി പറയും എല്ലാം അവിടെ ഏകീഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ തന്റെ സൃഷ്ടിയുടെ കാലത്ത് വേറെ ആൾക്കാർ കാണുന്നു പറയാൻ പറ്റില്ല തന്റെ സൃഷ്ടിയിൽ കാലദേശങ്ങളെല്ലാം പോയി താൻ കേവലമായ ചൈതന്യമായി സ്ഥിതി ചെയ്യുന്നു അതാണ് ആത്മദൃഷ്ടിയിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനല്ലാതെ ആത്മദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ കഴിയണം മറിച്ച് കാലബോധത്തോടു കൂടി അന്യൻ്റെ സുരുത്തി കാണുമ്പോൾ അവിടെ കാലമുണ്ട് കാലബോധമുണ്ട് ദേശമുണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് ആണ് നമ്മൾ ചാന്ത്വ്യത്തിനും ചർച്ച ചെയ്തപ്പോ രണ്ട് പറഞ്ഞു ഒന്ന് ആത്മദൃഷ്ടി മറ്റൊന്ന് പരദൃഷ്ടി സ്മൃതിയെ രണ്ട് രീതിയിലും മനസ്സിലാക്കും ആത്മബോധത്തിന് ആത്മദൃഷ്ടി ഗ്രഹിക്കണം അതാണ് ഇവിടെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂർവക്ഷം സിദ്ധാന്തം ആ രീതിയിൽ അതിനെ തെളിയിച്ച് തെളിയിച്ച് ബുദ്ധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് വൈനാസികു ഞേയാഭാവി ജ്ഞാനാഭാവം കൽപ്പേതി വേദിച്ച് പക്ഷേ ഈ വൈനാസികന്മാരെ ജേയാഭാവേ ഞാനാഭാവം ജേയമില്ലെങ്കിൽ ഞാനും ഇല്ലെന്ന് അവർ പറയുന്നു അതാണ് അവർ പറയുന്നു ജേയമില്ല എന്നുവെച്ചാൽ അറിയുന്ന ഒന്നുമില്ല അവരുടെ യുക്തി വളരെ ലളിതമാണ് അറിയാനായിട്ടൊന്നുമില്ല ഇവിടെ അറിയുന്നൊന്നും ഇല്ലേ സുഷുദ്ധി തന്നെ അവിടെ അറിവുമില്ല ഞാൻ അറിയുന്നു ആർക്കെങ്കിലും സുശുദ്ധി പറയാൻ കഴിയുന്നുണ്ടോ ജാഗ്രത്തിൽ വന്നിട്ടേ അവർ അറിയുന്നുള്ളൂ ജാഗ്രത്തിൽ ഞാനുണ്ട് ഞേയുമുണ്ട് ന്യേയമുള്ളതുകൊണ്ട് അറിയുന്നു ഇപ്പം ജേയമില്ലെങ്കിൽ ജ്ഞാനമില്ലെന്നാണ് അതിന്റെ ആവശ്യമില്ലെന്നറിന്റെ ജ്ഞാനം കൊണ്ടെന്താ ഉപയോഗം അറിയേണ്ട വസ്തു ഇല്ലെങ്കിൽ പിന്നെ അറിവുകൊണ്ടെന്താ പ്രയോജനം അറിയേണ്ട വസ്തു കൂടെ ഉണ്ട് ഇപ്പം അറിവിന് പ്രയോജനം എന്താണ് അറിവിനെ അറിയുന്നത് അറിയേണ്ട വസ്തുവില്ലെങ്കിൽ സുഹൃത്തിയില്ല പിന്നെ അറിവിനെന്താ പ്രയോജനം അതുകൊണ്ട് അറിവില്ല അതാണ് വൈനാശിക ഞേയാഭാവയും ഞാനാഭാവും കൽപ്പേറ്റേവേദിച്ച് നിങ്ങളെന്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാനാഭാവം ഞാനാഭാവത്തെക്കുറിച്ച് അറിയുന്നു ഞാനാഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാനാഭാവത്തെക്കുറിച്ച് പറയുന്നു ഇതാണ് വ്യവഹാരമെന്ന് പറയുന്നു ഞാനാഭാവം എന്നൊരു വ്യവഹാരം എവിടെ ജാഗ്രത്തിൽ അത് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ജ്ഞാനവും സ്വപ്നത്തിലും പറയാൻ വയ്യ ഞാനും ഉണ്ട് പറയാൻ പറ്റും എന്താണ് ഞാനാഭാവം അവിടെ ഞേയുമില്ല ജ്ഞാനവുമില്ല േനത്തത് അഭാവം കൽപ്പയേ വ്യാഗരത്തിൽ എന്തായാലും സാധ്യമല്ലോ സുഷുതിയിൽ ജ്ഞാനാഭാവത്തെ ഉണ്ടെന്ന് കരുതുക സുഷുതിയിലെ ആ ജ്ഞാനാഭാവത്തെ ആ ജ്ഞാനാഭാവം ആർക്ക് വെളിപ്പെട്ട് ഏത് ജ്ഞാനത്തിന് വെളിപ്പെട്ട് നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നില്ലേ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ പറയുന്നത് സുഹൃത്തിയിൽ ജ്ഞാനത്തിൻ്റെ അഭാവമാണ് പറയുന്നു ശരി നിങ്ങൾ സുൽത്തിയിൽ അംഗീകരിക്കുന്നുണ്ടോ വെറുതെ പറഞ്ഞാൽ പോരാ സുഹൃത്തിയിൽ അംഗീകരിക്കുന്നു സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ ജ്ഞാനാഭാവം ആർക്കായിരുന്നു സുഹൃത്തിയിൽ ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ജ്ഞാനാഭാവത്തെ ആരറിഞ്ഞു സുഹൃത്തിയിലെ ജ്ഞാനാഭാവം ഉണ്ട് എന്ന് പറയണമെങ്കിൽ സുഷ്ടെ ജ്ഞാനാഭാവത്തെ അറിയണമെങ്കിൽ അവിടെ ഒരു വേണം ഒരു ജ്ഞാനമില്ലാതെ ജ്ഞാനാഭാവത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കൊന്നിനെ അറിയണമെങ്കിലോ അംഗീകരിക്കണമെങ്കിൽ ജ്ഞാനം വേണ്ടേ പിന്നെ ജാഗ്രതത്തിൽ ഇരുന്നു കൊണ്ട് അതിനും ജ്ഞാനം വേണം അല്ല സുഷുതിയിൽ ജ്ഞാനാഭാവം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിനെ നിങ്ങൾ അറിയണം അതിനെ അറിയുന്നതാര് ഒരു ജ്ഞാനവിടെ വേണ്ടേ ആ ജ്ഞാനാഭാവത്തിനൊരു സാക്ഷി അവിടെ സ്വീകരിക്കണ്ടേ എന്നിട്ട് ഈ ജാഗ്രത്തിൽ വരുമ്പം പറയണ്ടേ അവിടെ ആ സാക്ഷിരൂപത്തിലുള്ള ഞാനവിടെ ഉണ്ടായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല ആ ജ്ഞാനാഭാവത്തിൻ്റെ പരാമർശം ഇവിടെ സംഭവിക്കണമെങ്കിൽ ആ ജ്ഞാനാഭാവത്തെ അതേ സാക്ഷി തന്നെ ഇവിടെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആ സാക്ഷിജ്ഞാനം അവിടെ ഉണ്ടായിരുന്നില്ലേ പറ്റും അപ്പോൾ ജ്ഞാനാഭാവത്തെ സ്വീകരിച്ചാൽ ആ ജ്ഞാനാഭാവത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തെയും സ്വീകരിക്കേണ്ടി വരും എവിടെയായി ചേ കാരണം ചിന്ത അതിന് ജ്ഞാനം വേണം അല്ലാതെ എങ്ങനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിയുന്നതാണ് ജ്ഞാനം എന്തിനെങ്കിലും അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനത്തെ അംഗീകരിച്ചേ പറ്റൂ അത് ഭാവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞാലും അഭാവത്തെ അറിഞ്ഞു എന്നു പറഞ്ഞാൽ ജ്ഞാനത്തെ അംഗീകരിച്ചാലും അവിടെ ജ്ഞാനം വേണം ഞാൻ അഭാവം എന്ന് പറയുന്നതിനും ജ്ഞാനം വേണം ഞാൻ അഭാവം എന്നറിയുന്നതിനും ഞാനും വേണം ആദ്യം അറിയിക്കുക പിന്നെ പറയിക്കുക പിന്നെ ചിന്തിക്കുക അതെല്ലാം പിന്നീടാണ് ആദ്യം ജ്ഞാനം ജ്ഞാനത്തിൻ്റെ ഇല്ലായ്മ ഇത് തന്നെ വേറെ രീതിയിൽ പറയും ശൂന്യത ശൂന്യവാദിയോടും പറയും ചത് ഇതെല്ലാം പോയി അവസാനം ഒരു ശൂന്യതയിലെത്തിച്ചേരും ഇതിന്റെ കാര്യകാരണ രൂപത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്ന് അവസാനം ശൂന്യത്തിലെത്തിച്ചേരും ശൂന്യം ആരെത്തിച്ചേരും എത്തിച്ചേരുന്നവന് ശൂന്യമാണെങ്കിൽ ശൂന്യത്തിലെത്താൻ കഴിയത്തില്ല ശൂന്യത്തിലെത്താൻ ഒരാള് വേണം അവിടെ എത്തിയിട്ട് പറയുന്നത് ഇതാ എന്റെ മുമ്പിൽ കാണുന്നത് വിശുദ്ധമായ ശൂന്യമാണ് എന്ന് പറയുന്നു അപ്പൊ ശൂന്യം എന്ന് പറയുന്നത് വെറും ഒരു ഭാവന കാശകുസുമെന്ന് പറയുന്നവരേ ഉള്ളൂ അതിനപ്പുറം ശൂന്യത എന്ന് പറയുന്ന ഒന്നുമില്ല ആകാശകുസുമെന്ന് പറഞ്ഞാൽ വെറുതെ പറയും അങ്ങനെ ഒരു കുസുമില്ല കാരണം ആ ശൂന്യത വെളിപ്പെടുത്തുന്ന ആ ബോധം അവിടെ ഉണ്ടായിരിക്കുന്നു ശൂന്യതയെ നിർത്താൻ ഒന്ന് വേണം ചൈതന്യം അവിടെ ഉണ്ടായിരിക്കണം ശൂന്യതയെ പറയാൻ കഴിയും പിന്നെന്താ ശൂന്യത എന്ന് പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജാഗ്രത ശൂന്യത അതുണ്ടാവാം വിഷയശൂന്യത ഉണ്ടാകാം ഞാൻ ശൂന്യതയല്ല സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ശൂന്യത സംഭവിക്കാം ആ ശൂന്യത ഏതാ ഞാൻ ശൂന്യത ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ശൂന്യത വരെ എത്തിച്ചേർന്നു എന്ന് പറയുന്ന ആ ചൈതന്യം അത് ശൂന്യതയുടെ സാക്ഷി എന്ന് പറയാം അങ്ങനെ അപ്പൊ പിന്നെ ശൂന്യത എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന ഒന്നും ഇല്ലാതാകുന്നു എന്നേ അർത്ഥം ഞാൻ ബോധശൂന്യനായിരുന്നു എന്ന് നമ്മൾ പറയാറില്ല ശരി ആ ബോധശൂന്യത എപ്പോ നീ ബോധശൂന്യായിരുന്നു കുറച്ചു മുമ്പ് ഞാൻ ബോധശൂന്യതായിരുന്നു എന്തുകൊണ്ട് ഞാൻ ബോധശൂന്യനായി പറഞ്ഞു അപ്പോ ആ ബോധശൂന്യത എവിടെ നിന്നു നിന്നൽ നീ ആരാണ് ബോധശൂന്യതയെ വെളിപ്പെടുത്തിയ ബോധം അപ്പോൾ ബോധത്തിലെ ബോധശൂന്യതയ്ക്ക് നിൽക്കാൻ പറ്റൂ സാക്ഷിരൂപത്തിലുള്ള ബോധം അതിന് സാക്ഷി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പ്രകാശിപ്പിക്കുന്നു ബോധശൂന്യതയും അത് പ്രകാശിപ്പിക്കുന്ന ബോധം അറിവിൻ്റെയും അറിവ് അപ്പം അതിലൊന്നൊരിക്കലും മാറാൻ കഴിയില്ല തനിക്ക് തന്നിൽ നിന്ന് മാറാൻ കഴിയത്തില്ല എനിക്ക് കസേരിയിന്ന് മാറി മേശയിലിരിക്കാം താഴേ ഇരിക്കാം പക്ഷെ എനിക്ക് എന്നിൽ നിന്നെങ്ങനെ മാറാൻ കഴിയും എനിക്കെന്റെ സ്വരൂപത്തിൽ നിന്ന് മാറാൻ കഴിയത്തില്ല എന്റെ സ്വരൂപത്തിലാണ് ഈ കാണുന്ന നാമരൂപങ്ങൾ പ്രകാശിക്കുന്നത് ഈ നാമരൂപങ്ങളുടെ ഇല്ലായ്മയും അവിടെ തന്നെയാണ് പ്രകാശിക്കുന്നത് എന്തുകൊണ്ടത് കേവലമായ ചൈതന്യമാണ് അതിൽ ആണ് ശൂന്യത പ്രകാശിക്കുന്നത് അപ്പോൾ ശൂന്യതയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാകാര്യമാണ് എന്ന് ഉള്ള ധാരണ ശുദ്ധ സംബന്ധമാണ് ശൂന്യത എന്ന് പറയുന്നത് കേവല ശൂന്യമാണ് അർത്ഥശൂന്യമായ ഒന്നാണ് ആകാശകുസമെന്ന് പറയുന്നത് വരെയുള്ളൂ എന്തായാലും അർത്ഥമില്ലാത്ത പറച്ചിലാണ് ശൂന്യത എന്ന് പറയുന്നത് ചിന്തിക്കാത്തവന് പറയാം അവസാനം ശൂന്യതയിലെത്തിച്ചേരും ആരെത്തിച്ചേരും എവിടെയാണ് ആ ശൂന്യത നിലനിൽക്കുന്നത് ആരാണ് ശൂന്യതയുടെ സാക്ഷി ആര് ശൂന്യതയെക്കുറിച്ച് പറയുന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ശൂന്യതയില്ലാതാകും മറിച്ച് ശൂന്യതയുടെ സാക്ഷി നിൽക്കും പിന്നെ ഒന്ന് പറയാം ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് പറയാം ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ പോയിട്ട് പറയാം ഇവിടെയുള്ളതൊന്നും അവിടെയില്ല അവിടെ ഇവിടെ വന്നിട്ട് പറയാം അവിടെയുള്ളതൊന്നും ഇവിടെയില്ല ആ ശൂന്യത അംഗീകരിക്കും ഈ മുറിക്കകത്തിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം മുറി ശൂന്യമായി പക്ഷേ ശൂന്യമല്ലാത്ത ഒരു പ്രതലത്തിലാണ് ശൂന്യതയെ നമ്മൾ കാണുന്നത് അശൂന്യതയെ നമ്മൾ കാണുന്നില്ലേ മുറിയെ കാണുന്നില്ലേ അതിൻ്റെ ആധാരത്തെ കാണുന്നില്ലേ അതുപോലെ അതിനുമ്പെന്തായിരുന്നു വസ്തുക്കളുടെ ആധാരമായിരുന്നു അത് കഴിഞ്ഞാലോ ശൂന്യതയുടെ ആധാരമായി ജാഗ്രസ്വപനങ്ങളിൽ എന്തും വരുന്നു ഈ വസ്തുക്കളുടെയൊക്കെ ആധാരമായി ബോധം ശ്രമൃത്തിയിലോ ഈ വസ്തുക്കളുടെ ശൂന്യതയുടെ ആധാരമായി അതുകൊണ്ടിവിടെ പറയുന്നു തത് അഭാവം മീന കൽപ്പ് ഇതിൻ്റെയൊക്കെ അഭാവത്തെ ആരാ കൽപ്പിക്കുന്നത് ആരറിയുന്നു എന്നാണ് അറിയുന്നവനൊരാളുണ്ടല്ലോ ഞാൻ സുഷുപ്തനായിരുന്നു എന്നറിയുന്ന ഒരാളുണ്ടല്ലോ അവനെക്കുറിച്ച് പറയും ഒന്നും അറിയാതിരുന്നവനാ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്റെ അറിവില്ലായ്മയെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന അറിവായി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് കേന കൽപ്യതീ വക്തവ്യം വൈനാശികനും അതുകൊണ്ട് ശൂന്യതയുടെ സാക്ഷിയാരാണ് ആർക്കാണ് ശൂന്യത എന്ന് പറയുന്നത് നമ്മൾ ശൂന്യവാദത്തെക്കുറിച്ച് പറയണെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെയാണ് കേൾക്കുമ്പം വളരെ ഗംഭീരമായി തോന്നും പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് വളരെ മഹത്തായ കാര്യം പറയും അതുകൊണ്ട് ഈ ശങ്കരാചാര്യ ബ്രഹ്മസൂത്രത്തിനും മറ്റും വളരെ നിശിതമായി വിമർശിക്കും ഈ ശൂന്യവാദത്തെ പക്ഷെ അത് മനസ്സിലാകാതെ ഇന്നുള്ള ആൾക്കാർ ചിന്തിക്കാതെ ശൂന്യവാദം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യമാണ് ശങ്കരാചാര്യാക്ഷേപിക്കുക ശങ്കരാചാര്യ സത്താവാദിയാണ് ബൗദ്ധന്മാർ ശൂന്യവാദികളാണ് സത്തയുടെ ശൂന്യത്തെ പറയുന്നു അതാണ് ശൂന്യതയുടെ പ്രത്യേകതയെന്ന് അവർ പറയും സത്തയുടെ ശൂന്യതയെ ആ ശൂന്യത ആർക്ക് വെളിപ്പെട്ടു എവിടെയെങ്കിലും ആ ശൂന്യത വെളിപ്പെട്ടെങ്കിൽ അത് സത്താണോ അതിനെങ്ങനെ നിഷേധിക്കാൻ കഴിയും ആകെ നിഷേധിക്കാനുള്ള ഒന്ന് സുഷുപ്തിയാണ് സുഷൃപ്തിയിൽ ഉറപ്പാണെന്താണ് ഞാനവിടെ ഉണ്ടായിരുന്നു ഞാനാണ് സുഷുപ്തനായത് എന്റെ സത്യം എങ്ങനെ ഇവിടെ നിഷേധിക്കാൻ കഴിയും പറയാൻ കഴിയുമോ ഞാൻ ഉറങ്ങിയില്ല ഞാനെല്ലാ സുരക്ഷനായിരുന്നു പിന്നെ ആര് നീയെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിക്കും യുക്തിക്കും അനുഭവത്തിനും ഒന്നും നിരക്കാത്ത കാര്യമാകുമെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ശൂന്യതയിൽ കൊണ്ടെത്തിക്കാം നോക്കണ്ട ഏനത്തത് അഭാവം കൽപ്പഭാവേന കൽപ്പിയത ഇതുവക്തയും വൈനാശിക तदिज्ञेय ज्ञाना तदनुपते ज्ञाना भावते ज्ञे कु ഏത് അഭാവത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി അതാണ് മനസ്സിലാക്കുന്നത് ഏത് അഭാവത്തെ കുറിച്ച് പറഞ്ഞാലും ശരി ജ്ഞാനത്തിന്റെ അഭാവം കുറിച്ച് പറഞ്ഞാലും ശരി ജ്ഞാനം കൊണ്ട് ജേയമായിരിക്കുന്ന ജ്ഞാനത്തിന് ജേയമായിരിക്കുന്ന ഇതിന്റെ എല്ലാ അഭാവത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി ജേയത്വാത് എല്ലാം ന്യമാണ് എന്നുവെച്ചാൽ എല്ലാ അറിവിന് വിഷയമാണ് അറിവിന്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞാലും അറിവിന് വിഷയം വസ്തുക്കളുടെ ഇല്ലായ്മ എന്ന് പറഞ്ഞാലും അറിവിന് വിഷയം എല്ലാ അറിവിൽ പ്രകാശിക്കുന്നു ചൈതന്യത്തിൽ പ്രകാശിക്കുന്നു അത് ജാഗ്രതായതിനും സ്വപ്നമായതിനും സുഹൃത്തിയായാലും ചൈതന്യത്തിൽ പ്രകാശിക്കുന്നു ഈ അഭാവത്ത് പറഞ്ഞാലും ഞാൻ അഭാവത്ത് പറഞ്ഞാലും നെയ്യത്വ ജ്ഞാനാഭാവേത്ത അനുഭവത്തിൽ അതുകൊണ്ട് ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനാഭാവമോ അല്ലെങ്കിൽ ഞേയാഭാവമോ അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ ഈ വസ്തുവിൻ്റെ അഭാവമോ അല്ലെങ്കിൽ ഈ വസ്തുവിനെ അറിയുന്ന അറിവിൻ്റെ അഭാവമോ രണ്ടും പറയാൻ കഴിയില്ല എന്ത് ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനം അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ അതുള്ളതുകൊണ്ടാണ് രണ്ടും നമുക്ക് പറയാൻ കഴിയുന്നത് എനിക്ക് മുമ്പ് വരെ ഞാനോ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി ഇപ്പം ഇല്ലാത്ത ഞാൻ ഇനി ഉണ്ടാകും ഇതൊക്കെ പറയാൻ കഴിയും എവിടെ ഒരേ ഒരു നിസ്തരംഗ സമുദ്രത്തിൽ തരംഗം ഉണ്ടാകുന്നതുപോലെ തരംഗശൂന്യമായ തരംഗത്തിൽ തരംഗം ഉണ്ടാകുന്നതുപോലെ അത് തരംഗശൂന്യമായിരുന്നു സമുദ്രം എവിടെ സുഷൃത്തിൽ തരംഗങ്ങളെവിടെ ഉണ്ടായി ജാഗ്രത്തിനും സ്വപ്നത്തിനും എന്താ അസുഖത്തിയിൽ അതുകൊണ്ട് സമുദ്രം ഇല്ലെന്ന് പറയാൻ പറ്റൂ നിസ്തരംഗമായിരുന്നു അവിടുത്തെ സമുദ്രം തരഗ്രഹിതമായ സമുദ്രം വ്യാഗ്രഹത്തിൽ വന്നപ്പോ എല്ലാം പ്രകാശിച്ചു ഇവിടെ തരംഗങ്ങൾ വന്നു കേവല ജ്ഞാനരൂപത്തിലിരുന്നു ജ്ഞാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ല അതുകൊണ്ടല്ലേ പറഞ്ഞത് കേവലജ്ഞാനം കേവല ജ്ഞാനമായതുകൊണ്ട് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ല ഇവിടെ അങ്ങനെ അല്ല ഇവിടെ തരംഗ രൂപത്തിലുള്ള ജ്ഞാനം അതെന്റെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കും അവിടെ നിസ്തരംഗ സമുദ്രം തരംഗശൂന്യമായ സമുദ്രം അതുകൊണ്ട് ജ്ഞാനാഭാവേത്തത് അനുഭവത്തെ ജ്ഞാനമില്ലെങ്കിൽ നമുക്കൊരു ശൂന്യതയോ ഒരു അഭാവത്തെയോ ജ്ഞാനത്തിൻ്റെയോ ജേയത്തിന്റെയോ അഭാവത്തെയോ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ അവിടെ ജ്ഞാനമുണ്ട് പ്രകാശമുണ്ട് ചൈതന്യം അവിടെയുണ്ട് പറയുന്നു ഇവിടെ നിന്നുള്ള ബൗദ്ധന്മാർ പറയുന്നു ജ്ഞാനസ്യേയ അവ്യതിരിക്തത്വ ഞേയാഭാവ ജ്ഞാനാഭാവ പറയുന്നു ജ്ഞാനം ജേയം അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരേ ഒരു വിജ്ഞാനം തന്നെ രണ്ടായി നിൽക്കുന്നു ആലയ വിജ്ഞാനം പ്രവൃത്തി വിജ്ഞാനം ഒരു ഇത് തന്നെ അഹം എന്നുള്ള രീതിയിരിക്കുമ്പോൾ അതിനെ ആലയ വിജ്ഞാനം ഇത് വന്ന് വരുമ്പോൾ പ്രവൃത്തി വിജ്ഞാനം ഇവിടെ ഒന്നേ ഉള്ളൂ രണ്ടില്ല അദ്വൈതം തന്നെ അവരും പറയും ബൗദ്ധന്മാർ ജ്ഞാന അഭ്യതിരിക്തത്വ ജ്ഞാനം ജേയത്തിൽ നിന്നും ഭിന്നമല്ല അഭ്യതിരിക്തമാണ് ജ്ഞാനം തന്നെ ഇതെല്ലാമായി മാറിയിരിക്കുന്നു ജ്ഞാനം തന്നെ എല്ലാം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് സംക്രകാരം പറയുന്നുണ്ട് അത് വേറെ രീതിയിൽ തന്നെ ഉള്ളു ഇതുപോലല്ല ഇവർ പറയും പോലെയല്ല ഇവർ പറയുന്നെന്താണ് ജ്ഞാന അവ്യതിരിക്തമാണ് ജ്ഞാനം ജേയത്തിൽ നിന്നും ഭിന്നമല്ല അതുകൊണ്ട് ജയം ഇല്ല എന്നൊന്നു കഴിഞ്ഞാൽ ജ്ഞാനവും കാണത്തില്ല യുക്തിയാണ് അവർ പറയുന്നതാണ് ഇവിടെ ഈ ജ്ഞാനം അതുതന്നെയാണ് ഇതെല്ലാമായി മാറുന്നത് അപ്പോ ജ്ഞാനത്തിൽ നിന്ന് ഈ ഇതൊന്നും വേറെയല്ല നമ്മൾ അദ്വൈതത്തിനും പറയും അറിവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല അത് തന്നെ അതുകൊണ്ടല്ലേ ശങ്കരാചാര്യ പ്രഛന്ന ബോദ്ധൻ എന്ന് പറയുന്നു ഈ ബൗദ്ധന്മാർ പറയുന്നതൊക്കെ തന്നെ ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയ വ്യത്യാസം അവസാനം വരുമ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി ബാക്കിയെല്ലാം ബൗദ്ധന്മാർ പറയുന്നത് അതുകൊണ്ട് ജ്ഞാനം വ്യതിരിക്തമാണ് ജ്ഞാനം ജേയത്തും വേറെയല്ലേയാവി സുഹൃത്തിയിൽ എന്താണ് ഞേയമില്ല അറിവിന്റെ വിഷയത്തെയാണ് ഞേയെന്ന് പറയും അറിയേണ്ടത് അവിടെ അറിയാനൊന്നുമില്ല ശ്രുതിന്ന് അഭ്യതിരിക്തമാണെങ്കിൽ ന്യമില്ലെങ്കിൽ പിന്നെ അവിടെ ഞാനുമില്ല യുക്തി കൊണ്ട് പറയണം ഞാനാഭാവ അവിടെ ഞാനാഭാവത്തെ പറയേണ്ടി അനുഭവം അങ്ങനെയാണ് ഒന്നും അറിയുന്നില്ല അതാണ് ചോദിക്കുന്നത് നിങ്ങൾ ഒന്നും അറിയുന്നില്ല എന്ന് പറയുകയും പിന്നെ അവിടെ അറിയുന്ന ഞാനുണ്ടെന്ന് പറയുകയും ചെയ്തെങ്കിലും അംഗീകരിക്കാൻ പറ്റും അല്ല അവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ അവിടെ അറിയണം ഇതാ അറിയുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകണം അനുഭവിക്കുന്നു അറിയുന്നു എന്നുള്ള അനുഭവം തനിക്ക് ഉണ്ടാകണം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ജേയ അവ്യതിരിക്തമാണ് ജ്ഞാനം അവിടെ ജേയുമില്ല ജ്ഞാനുമില്ല പിന്നെന്താ ഉള്ളത് ശുദ്ധമായ ശൂന്യത അതാണ് ബോദ്ധന്മാർ പറയുന്നത് അവിടെ ശൂന്യത അതെങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല ശുദ്ധശൂന്യത അത് യുക്തി ഇതാണ് ഞേയ അവ്യതിരിക്തമാണ് ഞാനും അപ്പോ ഞേയമില്ലെങ്കിൽ ഞാനും ഇല്ല ഇത് ശരിയല്ല സിദ്ധാന്തി പറയുന്നു വീണ്ടും പറഞ്ഞ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആ നിൽക്കുന്ന സ്ഥലത്തൊന്നും മാറാനൊക്കത്തല്ല എന്താണ് അഭാവസ്യ വിനേയത്വഭ്യൂമോ ഞങ്ങളിപ്പോ അവിടെ അഭാവത്തെ പറയുന്നു ശൂന്യതയെ പറയുന്നു അത് ഞേമാണോ ശൂന്യത ഞങ്ങൾ അറി അറിഞ്ഞിട്ടല്ലേ പറയുന്നു ആരറിഞ്ഞു എവിടെ അറിഞ്ഞു ആരാണ് അറിയുന്നത് അത് ആറിവിനാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു തിരശീല ഇല്ലാതെ അവിടെ ചിത്രങ്ങളുണ്ടാവും ഒരു പ്രധനമില്ലാതെ പ്രതികുമ്പോ ഉണ്ടാകത്തില്ല അപ്പൊ ആ തിരശ്ശീല ചിത്രങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു നെല്ലും വെളിച്ചവും മാറി മാറി നാനാ രൂപങ്ങളെ ഉണ്ടാകുന്നു കാണുന്നു നമ്മളെ ആസ്വദിക്കുന്നു പക്ഷെ അതിനൊന്നും വേണ്ടേ അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് ശൂന്യം പക്ഷെ ആ ശൂന്യതയ്ക്കൊന്നും വേണ്ടേ ഒരു കർട്ടൺ വേണം തിരശീല വേണം അതില്ലാതെ എങ്ങനെ സംഭവിക്കും അതും എന്താ ആ യുക്തി അംഗീകരിക്കാത്തത് നിങ്ങൾ പറയുന്ന വ്യക്തി മാത്രം അംഗീകരിച്ചാൽ മതിയോ നമ്മൾ പറയുന്ന യുക്തി അംഗീകരിക്കണ്ടേ ഭാവ അഭാവങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ആ കട്ടനിൽ സംഭവിക്കുകയാണ് ആ തിരശ്ശീലയിൽ സംഭവിക്കുകയാണ് ചിലപ്പോൾ ചിത്രങ്ങൾ വരും ചിലപ്പോൾ ജാഗ്ര സ്വപ്നങ്ങൾ ചിത്രങ്ങൾ വരും സുഹൃത്തിയിൽ അതില്ല ഇല്ലാത്തതുകൊണ്ട് അവിടെ കട്ടനില്ലെന്ന് പറയാൻ പറ്റും അവിടെ സ്വച്ഛമായ കട്ടനുണ്ട് ശുദ്ധമായ ജ്ഞാനം അവിടെ സർവശൂന്യത അതാണ് അഭാവസ്ഥാഭിജയത്വഭ്യുമാ അഭാവവും ന്യമായി സ്വീകരിക്കണം അഭാവോ വിന്യോ അഭ്യുമിതേ അഭാവത്തെയും ന്യമായി സ്വീകരിക്കുന്നു വൈനാശികി നിത്യസ്ഥ അതിനെ അവർ അതിന് സ്ഥായിയായും പറയുന്നു നിത്യമായും പറയുന്നു തത് അവ്യതിരിക്തം ജ്ഞാനം അതിൽ നിന്ന് ഭിന്നമല്ല ജ്ഞാനം എന്ന് പറയുകയാണെങ്കിൽ ആ നിന്ന് ഭിന്നമല്ല ജ്ഞാനം എന്ന് പറയുകയാണെങ്കിൽ നിത്യം കൽപ്പിത ജ്ഞാനത്തെ നിത്യമായി കൽപ്പിക്കേണ്ടി അത് പറയുന്നത് നിങ്ങളിത് എല്ലാം ശൂന്യമാണെന്ന് പറയുന്നു എന്താ ശൂന്യം സത്യമാണോ അല്ല ശൂന്യം സത്യമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതേ അബദ്ധം കാരണം നിങ്ങൾ കള്ളം പറയുന്ന ആളാണ് എല്ലാ ശൂന്യം എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ശൂന്യസത്യമാണോ അല്ലല്ല അപ്പം പിന്നെ പറഞ്ഞ് കള്ള അസത്യല്ലേ പറഞ്ഞത് ശൂന്യം സ്വയം അസത്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അസത്യമാണ് അങ്ങനെ ഒരു ശൂന്യം ഇല്ലാന്ന് അതുകൊണ്ട് പറയേണ്ടി വരും അല്ലല്ലൂന്യം സത്യമാണ് സത്യമാണെങ്കിൽ അതിനോട് അഭ്യതിരിക്തമായിരിക്കുന്ന ജ്ഞാനം അത് സത്യമാണെന്ന് പറയേണ്ടി വരും ആശൂന്യത്തെ അറിയുന്ന ജ്ഞാനം നിങ്ങൾ ശൂന്യം കൊണ്ട് സത്യമാണെന്ന് പറഞ്ഞാൽ ആ ശൂന്യത്തെ അറിയുന്ന ജ്ഞാനം നിങ്ങളിലുണ്ടെന്നല്ലേ അല്ലെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും ശൂന്യം നിത്യമാണ് സത്യമാണ് അപ്പൊ നിത്യമാണ് സത്യമാണെന്ന് പറഞ്ഞാൽ ആ ശൂന്യത്തെ അറിയുന്ന ജ്ഞാനം നിങ്ങളിലുണ്ടെന്നാണ് അപ്പോൾ ആ ശൂന്യമായ ജ്ഞേയത്തിന് അവ്യതിരിക്തമാണ് ജ്ഞാനമെങ്കിൽ ആ ജ്ഞാനം സത്യമായിരിക്കും അഭിന്നമായിരിക്കുന്ന ജ്ഞാനും ജയം പോലെ തന്നെയായിരിക്കും ജയം സത്യമാണെങ്കിൽ ഞാനും സത്യമായിരിക്കും അത് ജ്ഞാനം നിത്യം കൽപ്പിക്കുന്ന സേ അദ്വൈതി പറയുന്നു ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്കും വരേണ്ടി വരും ഞങ്ങളതാണ് പറയുന്നതാണ് ജ്ഞാനം നിത്യമാണ് ജാഗ്രത ആയിക്കൊള്ളട്ടെ സ്വപ്നമായിക്കൊള്ളട്ടെ ശ്രുതിയായിക്കൊള്ളട്ടെ അവിടെ ജ്ഞാനം നിത്യമാണ് നിത്യം കട്ടി സഭാവസ്ഥിത്വാനാത്മകത്വ ഇല്ല അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എന്താവും ജ്ഞാനാത്മകമാവും ഇന്നുള്ളത് ജ്ഞാനത്തിൽ നിന്ന് അന്യമാണ് ജ്ഞാനമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല എന്നോ അല്ല എന്നോ പറയാൻ കഴിയുമോ ശൂന്യതയെന്നു എല്ലാത്തിനെയും പറയുക എന്ന് എല്ലാത്തിനേയും അറിയിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നു എല്ലാവരും ബ്രഹ്മാണ്ടത്തിന്റെ ശൂന്യത ആയിക്കോട്ടെ പ്രളയകാലം മഹാപ്രളയത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ശൂന്യത എവിടെ നിൽക്കുന്നു ഈ ബോധത്തിൽ ഈ ബോധത്തില്രഹ്മാണ്ട ശൂന്യത അതാണ് തഥാവസ്ഥിത ജ്ഞാനാത്മകത്വ അതേയമാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോട് അഭിന്നമായ അതെല്ലാം ജ്ഞാനമായി അപ്പോൾ പറഞ്ഞു പറഞ്ഞെല്ലാം സ്വീകരിക്കേണ്ടി വരും എന്താണ് സർവവും ജ്ഞാനാത്മകമാണ് ദന്ദ്വാത്മകമായി കാണുന്ന പ്രപഞ്ചം മുഴുവൻ ജ്ഞാനാത്മകമാണ് അതിന്റെ ഭാവത്തെ പറഞ്ഞാലും ശരി അഭാവത്തെ പറഞ്ഞാലും ശരി ഇവിടെ അഭാവത്തെ പറയുമ്പോൾ പറയും അത് അഭാവസ്ഥ ജ്ഞാനാത്മകത്വ അഭാവത്വം വാങ് മാത്രമേ വഭാവം എന്ന് പറയുന്ന എന്ന് വെറും വാക്കുകൊണ്ടങ്ങനെ പറയുന്നേ ഉള്ളൂ അത് ഏതുപോലെയാണ് പറയുന്നത് ഇതായി ഇരിക്കുന്നത് തടിയെല്ലാം മേശയാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പിലിരിക്കുന്ന തടിയല്ല മേശയാണെന്ന് പറയുന്നു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു കാരണം ഇത് തടിയായിട്ട് ഞാൻ കണ്ടതാ അന്ന് ഈ രൂപവും ആകൃതിയൊന്നും അതിനുണ്ടായിരുന്നില്ല ഇത് വെറും കഷ്ണം തടിയായിരുന്നു അതെ ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത് തടിയല്ല ഇത് പണിത് മേശയാക്കി അതുകൊണ്ട് തടിയല്ല മേശയാണെന്ന് പറഞ്ഞാൽ പറയുന്നതിലൊരു കാര്യമുണ്ട് പക്ഷെ പൂർണ്ണമായും സത്യമല്ല എന്തുകൊണ്ടിത് മേസയാണെങ്കിൽ തടിയുമാണ് ഇത് തടിയല്ലാതെ ഇതിന് മേശയായിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടങ്ങനെ പറയുന്നത് കാരണം ഞാൻ മുമ്പ് കണ്ടപ്പോൾ എന്തായിരുന്നു അതൊരു തടിക്കഷ്ണമായിരുന്നു അതിൽ ഒരാളുടെ കരവിരുത് വന്നു കഴിഞ്ഞപ്പോൾ അത് മേസിയാണ് അപ്പോൾ തടിയല്ല മേശയാണെന്ന് പറയാൻ പറ്റില്ല മേശയാണെങ്കിൽ തടിയുമാണ് അതുപോലെ പറയുന്നു അഭാവത്വം വാങ് മാത്രമേ വേവലം ശൂന്യമാണ് അഭാവമാണ് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം എന്തുകൊണ്ട് എന്ന പരമാർത്ഥതോ അഭാവത്വം അനിത്യത്വം ജ്ഞാനസ്യ അവിടെ എന്താണ് ജ്ഞാനമാണ് അത് പരമാർത്ഥത്തിൽ അഭാവമല്ല അനിത്യമല്ല അത് കേവലമായ ജ്ഞാനമായി പ്രകാശിക്കുന്നതാണ് പിന്നെ പറയാം എന്തുകൊണ്ട് അഭാവവസിച്ച ജ്ഞാനാത്മകത്വ അത് അഭാവം ജ്ഞാനാത്മകമാണ് ഇതുപോലെ ഈ വസ്തുവിനെ പോലെ ഇതൊരേ സമയം അത് മേശിയുമാണ് അതേസമയം ഇത് തടിയുമാണ് എന്ന് മനസ്സിലാക്കും പോലെ അവിടെ സുഹൃത്തിയിലെന്താണ് ഒരേ സമയം ജ്ഞാനത്തിന്റെ അഭാവവും ഉണ്ട് അതേസമയം അത് ജ്ഞാനാത്മകവുമാണ് അത് ഭാവാത്മകമാണ് അത് സത്താരൂപമാണ് ആ സത്ത എന്ന് പറയുന്ന നമ്മളാരും പഠിപ്പിക്കുന്നതല്ല ആ സത്തയെത്താൻ എപ്പോഴും ബോധിച്ചുകൊണ്ടിരിക്കുന്നു ആ സത്ത് തൻ്റെ മുന്നിൽ സദാസത്തായി ഉണ്മയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ഉണ്മ സ്വയം വെളിപ്പെടുത്തുകയാണ് എന്താണ് ഞാൻ സുഷുപ്തനായിരുന്നു ഞാനത് ആ ജാഗ്രതയിലിരിക്കുന്നു അതാ ഉണ്മയുടെ പ്രകാശമാണ് അതിന് പിന്നെ എങ്ങനെ ശൂന്യം എന്ന് പറയാൻ കഴിയും ഉണ്മ മറ്റൊന്നിന്റെയും സഹായം കൂടാതെ അതേ ഇവിടെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൂന്യത എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും എവിടെ ചെന്നൈക്ക് ശൂന്യത ഇനി ശൂന്യതയെ നിങ്ങൾ കണ്ടെത്തിയാലോ ആ ശൂന്യതയും സത്തയിൽ പ്രകാശിക്കുന്നതായിരിക്കും അല്ലേ ഈ മേശയുടെ പുറത്ത് എന്താണിപ്പോൾ ഒരു ശൂന്യതയുണ്ട് പല വസ്തുക്കളുടെയും ഇല്ലായ്മയുണ്ട് പക്ഷെ ഇല്ലായ്മയുണ്ടെങ്കിൽ എന്താണ് അതെവിടെ പ്രകാശിക്കുന്നു ഈ മേശി ഈ പ്രതലത്തിൽ ഈ സത്തയിൽ അത് പ്രകാശിക്കുന്നത് പോലെ തൻ്റെ സ്വരൂപമായിരിക്കുന്ന സത്തയിൽ ആയിരിക്കും ശൂന്യത പ്രകാശിക്കുന്നത് ആ തന്റെ സ്വരൂപം സത്തായത് കൊണ്ടാണ് പറയുന്നതാ ഇവിടെ ശൂന്യം ഉണ്ട് ശൂന്യതയുടെ സത്യം അംഗീകരിക്കുന്നു ശൂന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ശൂന്യതയല്ല സത്യം അംഗീകരിക്കുകയാണ് ഇവിടെ കാണുന്ന ശൂന്യതയുടെ സത്യം എന്നു പറയുന്നത് എന്താണ് ഈ വസ്തുവിന്റെ സത്യമാണ് ഇവിടെ ഇപ്പം ശൂന്യതയുണ്ട് പല വസ്തുക്കളുമില്ല പക്ഷെ ശൂന്യത ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ശൂന്യതയുടെ സത്യം അംഗീകരിക്കുന്നത് ശൂന്യതയുടെ സത്യം എന്ന് എന്താണ് ഈ വസ്തുവിന്റെ സത്യമാണ് അപ്പൊ സത്തയിൽ നിന്ന് വേറിട്ട് ശൂന്യതയുണ്ട സത്ത തന്നെയാണ് ഭാവമായും അഭാവമായും പ്രകാശിക്കുന്നത് അതോട് പറയുന്നത് പരമാർത്ഥതോ അഭാവത്തും അനിത്വത്വം ചെന്ന പരമാർത്ഥതോ അഭാവത്തും അനിത്യത്വം ചാനസ് അതുകൊണ്ട് ജ്ഞാനത്തെ ശൂന്യമാക്കാൻ ഒരു ജ്ഞാനവിടെയില്ല എന്തുകൊണ്ടത് സത്താണോ അതിലുള്ള എല്ലാ ശൂന്യതകളും ആത്യന്തികമായ സത്ത് തന്നെ നമുക്ക് ശൂന്യതെ പറയാം എന്താണ് ഇപ്പോൾ പറയുന്നു എന്റെ മനസ്സ് ശൂന്യമാണ് പറയാറുണ്ടല്ലോ വലിയ ദുഃഖം വരുമ്പോൾ നിരാശ വരുമ്പോഴൊക്കെ പറയും എൻ്റെ മനസ്സ് ശൂന്യമാണോ ശൂന്യമാണോ അല്ല എൻ്റെ മനസ്സ് ശൂന്യമാണെന്നുള്ള വ്യവഹാരം ആ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സ് ശൂന്യമാണെന്നുള്ള സങ്കല്പം ആ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ മനസ്സ് ശൂന്യമാകും മനസ്സൊരിക്കലും ശൂന്യമാകും മനസ്സ് ശൂന്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ അത് ശൂന്യമാകുന്നില്ല അത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കാര്യം പറയുന്നത് എന്താണ് എന്നിട്ട് നിത്യസ്യ ജ്ഞാനസ്യാണ് ഭാവം നാമമാത്ര അധ്യാരപോ അധ്യാരവേ കിം നഹച്ചിഹ്നം അദ്ദേഹം ഒരു കിം നഹചിഹ്നം ഞങ്ങൾക്കെന്താ നഷ്ടം സാധിച്ചോദിക്കാറില്ലേ തനിക്കെന്താ ചെയ്തു ചോദിക്കുമ്പോൾ ഞങ്ങൾക്കെന്താ ചെയ്തു ഞങ്ങൾക്കെന്താ നഷ്ടം ഇവിടെ ഒരു നഷ്ടം പറയാൻ വേണ്ടത് നിങ്ങളെത്ര ശൂന്യത വേണമെങ്കിലും സമ്മർദ്ദിച്ചോളൂ അത് ശൂന്യമാണ് ഇത് ശൂന്യമാണ് സർവ്വവും ശൂന്യമാണ് സർവം ശൂന്യം ശൂന്യം സർവം ക്ഷണികം ക്ഷണികം എന്നുള്ള ബുദ്ധൻ പറഞ്ഞെന്നാ പറയുന്നത് അത് ഏത് ബുദ്ധനാണോ പറഞ്ഞതെന്നറിയില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും കിം നഹച്ചു ഞങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാൻ എന്തുകൊണ്ട് നിത്യസ്യം അഭാവനാമ ആ ശൂന്യത എന്ന് പറയുന്നത് കേവലൊരു പേര് അഭാവം മാത്ര അധ്യായകം അതും ഒരു ആരോപം കാരണം വസ്തുവില്ലാതെ വെറൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറൊരു ആരോപം മാത്രമാണ് ആകാശകുസുമം എന്ന് പറയുന്നു ആകാശകുസുമെന്ന് പറഞ്ഞാൽ എന്താ ഒരു പേര് ഒരു പേരിന് അങ്ങനെ പറയുന്നു എന്താ അർത്ഥമില്ലാത്തതുകൊണ്ട് പറയുന്നത് അത് ആരോപമാണ് മരുമരിചികയിൽ ജലമില്ലാത്തതുകൊണ്ട് പറയുന്നു അവിടുത്തെ ജലമെന്ന് ആരോപമാണ് അതുപോലെ ശൂന്യം എന്ന് പറയുന്നത് എന്താണ് കേവലം ഒരു ശബ്ദം കൊണ്ടുള്ളവരാരോ ശബ്ദം നോക്കി പറയാറുണ്ടോ ശബ്ദം പറയുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം പറയുകയാണ് എനിക്ക് നാവില്ല പറയുന്നതിന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ശബ്ദത്തിന് എന്താ അർത്ഥമുള്ളത് എനിക്ക് നാവില്ലായെന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന് എന്താ അർത്ഥമുള്ളത് അല്ലെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് തലയില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് ജീവനില്ല ഞാനിത് മരിച്ചിരിക്കുന്നു മൃദനായി പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത് വെറും ആരോപണം നാമം മാത്രമാണ് അങ്ങനെ ശബ്ദം കൊണ്ടെന്നും പറയാം പറയുന്നു എല്ലാത്തുന്ന ആ കൊണ്ടെന്തും പറയാം അതിന് കാര്യമില്ല അതിനെന്തു പറയാം ആ ശബ്ദത്തെ വികല്പം അർത്ഥശൂന്യമായ ശബ്ദങ്ങൾ അതുപോലെ ശൂന്യം എന്ന് പറയുന്നത് എന്താണ് കേവലം അർത്ഥശൂന്യമായ ശബ്ദമാണോ അല്ല നിങ്ങൾ ശൂന്യതയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ ഉറച്ചു നിൽക്കുന്നവിടെ നിങ്ങളീ പറയുന്ന സത്തയിലാണ് ആ സത്തയെ തന്നെയാണ് നിങ്ങൾ ശൂന്യതയെന്ന് പറയുന്നത് കാരണം നിങ്ങൾ പറയുന്നു എന്റെ ശൂന്യം സത്യമാണ് എന്റെ ശൂന്യം ഉള്ളതാണ് ആ ശൂന്യതയെ സത്തയായി ഉണ്മയായി നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ എന്റെ ശൂന്യം ഇല്ലാത്തതാണെന്ന് പറയേണ്ടി വരും എന്റെ ശൂന്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംസാരം തീർന്നു ചിന്ത എല്ലാം തീർന്നു അങ്ങനെ ഒരു ശൂന്യതയെ ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ബുദ്ധിക്ക് സ്ഥിരതമില്ല ഞാൻ ശൂന്യതയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്നു ആ ശൂന്യത സത്യമല്ല സത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത്തിനെന്താ അർത്ഥം അർത്ഥമറിയാതെ സംസാരിക്കുന്നു ആണ് പറയുന്നത് നാമം മാത്രം അധ്യാരോഗ്യ നിങ്ങൾ കേവലം ജ്ഞാനാഭാവം എന്ന് പറയുന്ന ഒരു നാമത്തെ പറയുന്നുണ്ട് ഇവിടെ ജ്ഞാനത്തിൽ ആരോപിക്കുന്നുണ്ട് കിം നന്താ നഷ്ടം എന്നാണ് ഈ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ് ഇതേ ചർച്ച നീണ്ട നീണ്ട നീണ്ടു പറയും ബ്രഹ്മസൂത്രത്തില് ഇവിടെ അത്രയും ഇല്ല ഇത് തന്നെ ആവശ്യത്തിൽ കൂടുതല വന്നു അഥാ അഭാവോ ഞേയോ വിസൻ ജ്ഞാനം വ്യതിരിക്ത ഇതി അദ്വൈതെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ നിൽക്കുന്ന ഒന്നല്ല അത് അനുഭവത്തിലും വ്യക്തിയിലും എല്ലാം നിൽക്കുന്ന ഒന്നാണ് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അനുഭവത്തിലെ വ്യക്തിയിലും നിൽക്കുന്ന ഒന്നിനെ അംഗീകരിക്കുന്നതിന് എന്താ വിശ്വാസങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോ ഇന്ന് നമ്മളൊന്ന് വിശ്വസിക്കും നാളെ മറ്റൊന്ന് വിശ്വസിക്കും ഇതങ്ങനെയല്ല ഇത് അനുഭവത്തിൽ നിൽക്കുന്നതാണ് സത്യമാണോ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ബുദ്ധി എന്ന് പറയുന്ന അസത്യത്തെ ബോധ്യപ്പെട്ട് ശീലിച്ചതാണ് അസത്യമായി പരിചയിപ്പിച്ചാണ് നമ്മുടെ ബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ അസത്യത്തിലാണ് ജീവിക്കുന്നത് അറിഞ്ഞുകൊണ്ടുള്ള അസത്യം അറിയാതെയുള്ള അസത്യം പലതരത്തിലുള്ള അസത്യം അപ്പൊ അതിൽ അസത്യവുമായി പരിചയിച്ചിരിക്കുന്ന മനസ്സിനെ സത്യവുമായി പരിചയപ്പെടുത്തുമ്പോൾ കുറച്ച് ശ്രമം ആവശ്യമാണ് അതുകൊണ്ടാണ് വീണ്ടും ചർച്ച ചെയ്യുന്നത് അഥാ ഭാവോ ഞേയോ പി പറയുന്നു അങ്ങനെയാണെങ്കിൽ അഭാവത്തെ ഞാൻ അഭിന്നമായി സ്വീകരിക്കുന്നില്ല അഭാവം എന്ന് പറയുന്നത് ഞേയാണ് സംബന്ധിച്ചു അത് ജ്ഞാന വ്യതിരിക്ത ജ്ഞാനത്തെന്ന് വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് അഭാവമെന്നുണ്ട് ജ്ഞാനം വ്യതിരിക്തമാണ് ശൂന്യം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ജ്ഞാനം വ്യതിരിക്തമാണ് അങ്ങനെ പറയാം എന്തുകൊണ്ടത് വിഷയമാകുന്നുണ്ട് വിഷയം വിഷയം നിന്ന് ഭിന്നമാണ് എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ ഞാൻ അറിയുന്നു ഇത് പുസ്തകമാണ് അറിയുന്നത് കൊണ്ടെന്താണത് എന്റെ അറിവിൽ നിന്ന് ഭിന്നമാണ് അറിവിൻ്റെ വിഷയമായി ഞാൻ പറയൂ ഇതാ ഇതാണ് ഞാനെന്ന് പറയൂ ഇല്ല എന്റെ അറിവിന് വിഷയമാണ് വസ്തുവെന്നേ പറയത്തു ഞാൻ സ്വയം അറിവായിക്കൊള്ളട്ടെ പക്ഷെ ഇത് ഞാൻ ആകുന്ന അറിവാണെന്ന് പറയത്തില്ല എന്റെ അറിവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തു അപ്പോൾ അറിവിന് വിഷയമായി ഒന്ന് അറിവിനു നിന്ന് ഭിന്നമാണെന്നുള്ള യുക്തി അതനുസരിച്ച് ഞേയോ ബിസൻ അഭാവത്തെ ഞാൻ അറിയുന്നതാ ഇവിടെ ഒരു വസ്തുവുമില്ല സർവവസ്തുക്കളുടെ ഈ ശൂന്യത അറിയുന്നു ഈ ശൂന്യത എന്ന് പറയുന്നത് എന്റെ അറിവിന്റെ വിഷയമാണ് എന്റെ അറിവിൽ നിന്ന് അന്യമാണ് ഞാൻ അറിയുന്നതാണ് അതുകൊണ്ടത് വേറെയാണെന്ന് പറഞ്ഞാലോ അതാണ് അഭാവോ ജ്ഞേയോ വിസൻ്ഞ വ്യതിരിക്ത അതുകൊണ്ട് പറയേണ്ട ഒരു എന്താണ് സുഷുതിയിൽ ഇതെല്ലാം സുഷുതിയാണതിന് മുഖ്യമായി വരും ബോദ്ധന്മാരെ അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സുഷുത്തിയില വരുന്നു അദ്വൈതിയെ പോലെ തന്നെ എന്തുകൊണ്ടവിടെ ബോധമില്ലാതുകൊണ്ടാണ് അവരവിടേക്ക് വരുന്നത് പറയുന്നു അവിടെ ശരിയാണ് അവിടെ ജേയമായി ബോധമില്ലായ്മയുണ്ട് അത് അതിൽ നിന്ന് വ്യതിരിക്തമാണ് ഇതുകൊണ്ടാണ് പിന്നെ സുഹൃത്തിയിൽ അവിടെ കട്ടിപ്പിടിച്ച ഞാനുണ്ടെന്നൊക്കെ അദ്വൈതി പറയേണ്ടി വരുന്നത് അങ്ങനെ ചിന്തിക്കുന്നു ഞാനത്തെന്ന് വ്യതിരിക്തമായി അവിടെ ഒരു അഭാവമുണ്ട് ഇത് ചേർന്ന അത്ര ഹീ ഞേ അഭാവേ ഞാനാഭാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ന്യം ഇല്ലാത്തപ്പോൾ ഞാനും ഇല്ലെന്ന് പറയേണ്ടി വരും ഇത് രണ്ടു അഭിന്നമാണെങ്കിൽ ജേയ അഭിന്നമാണ് ജ്ഞാനമെങ്കിൽ ന്യമില്ലെങ്കിൽ ജ്ഞാനമില്ല അങ്ങനെ പറയുമ്പോൾ അഭേദമായി പറഞ്ഞു ജ്ഞാനവ്യതിരിതം നതു ജ്ഞാനം ജേയവ്യതിരിക്കുന്നു പുതിയൊരു വ്യക്തി കൊണ്ടുവരികയാണ് അങ്ങനെയും ചിന്തിച്ചു നോക്കാം ഞേയം ജ്ഞാനത്തെന്ന് വേറെയാണ് പക്ഷെ ജ്ഞാനം ഞേയത്തെന്ന് വേറെയല്ല അങ്ങനെ പറയുന്നു ജേയം ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ് ഇത് ഞേയം ഇത് ജ്ഞാനത്തിൽ വേറെയാണ് കാരണം അത് പുറമെ ഇതുണ്ടാകുന്നു ഇല്ലാതാകുന്നു ഇതിന് പകരം വരുന്നു അതുകൊണ്ട് അത് ശരിയാണെട്ടോ ഞാനിപ്പോൾ ഇതിനറിഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് മേസേജ് അറിഞ്ഞു അപ്പോൾ ഈ ഞേയമായ വസ്തു ജ്ഞാനത്തിൽ നിന്ന് അതിരിക്തമാണ് അടുത്തറിഞ്ഞ അതുകൊണ്ടാണല്ലോ വേറെ അറിയാൻ കഴിഞ്ഞത് മേശ അത് ജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമായി ഞാനറിയുന്ന ഓരോ ശബ്ദസ്പർശ രൂപ രസഗന്ധ ഓരോ വിഷയങ്ങളും ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ് അതുപോലെയാണ് ജേയം ജ്ഞാനം വ്യതിരിക്തം അത് ജ്ഞാനം ജയവ്യതിരിക്തം എന്നാൽ ജ്ഞാനം അങ്ങനെയല്ല ഞേയവ്യതിരിക്തമല്ല എന്തുകൊണ്ട് ജ്ഞാനത്തിലാണിതെല്ലാം നിലനിൽക്കുന്നത് ജ്ഞാനത്തിലാണ് ഇത് പ്രകടമായത് ജ്ഞാനത്തിലാണ് ഇത് പ്രകടമായത് അതുകൊണ്ട് ഈ ജ്ഞാനം ജേയത്തിൽ നിന്ന് വ്യതിരിക്തമല്ല രണ്ടു തരത്തിലും പറയുന്നു ജേയം ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ് പക്ഷെ ജ്ഞാനം ജേയത്ത് നിന്ന് വേറെയല്ല ജ്ഞാനത്തിന് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാ ശബ്ദ മാത്രത്വം ആ വിശേഷാനുഭവത്തെ നിങ്ങൾ ഇവരുടെ സംസാരിച്ച സമയം കളയുകയാണ് ഈ പറയുന്നവരും ഒരു വാചാടവും ശബ്ദം കൊണ്ടുള്ള ഒരു കസരത്ത് ബൗദ്ധന്മാരോട് പറയാണ് ഇത് ശബ്ദമാത്രത്തോ വിശേഷങ്ങളിൽ പറയുന്നതിനൊരർത്ഥമല്ലേയാനേകത്വം ചെയ്ത അഭ്യമൃതേ ജേയം ജ്ഞാനം വ്യതിരിക്തം ജ്ഞാനം വ്യതിരിക്തം നെയ്തിയജ്ഞാനങ്ങളെ ഒന്നാണെന്ന് പറഞ്ഞിട്ട് രണ്ടു ഒന്നാണെന്ന് പറയുകയും പിന്നെ നയം ജ്ഞാനം വ്യതിരിക്തമാണ് ജ്ഞാനം നെയം വ്യതിരിക്തമല്ല ജയം ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ് ജ്ഞാനം ജയത്തിൽ നിന്ന് വേറെയല്ല എന്നെല്ലാം പറയുന്നത് ശബ്ദം മാത്രം അത് ഏതുപോലെ ശബ്ദം മാത്രം അഗ്നി വ്യതിരിക്തോ അഗ്നിന്ന വന്യ വ്യതിരിക്തോ ഇതി നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന അഗ്നിയിൽ നിന്ന് വേറെയാണ് അഗ്നി എന്ന് പറയുന്നത് വന്യയിൽ നിന്ന് വേറെയല്ല വെറു ശബ്ദം കൊണ്ടുള്ളവർക്കാണ് അങ്ങനെ പറയാൻ പറ്റും അഗ്നിയിൽ നിന്ന് വേറെയാണ് വന്യ പക്ഷെ വന്യയിൽ നിന്ന് വേറെയല്ല അഗ്നി എന്ന് പറയും പോലെ ഇതേ ിയത്യോഭാവേ ജ്ഞാനാനുഭവത്തി അതുകൊണ്ട് ജേയത്തെന്ന് വ്യതിരിക്തമാണ് ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനാഭാവാനുഭവത്തി ജ്ഞാനം ഇല്ലാതെ വരൂ എന്ന് പറയുന്നത് ശരിയല്ല ജ്ഞാനം ജേയത്തെന്ന് വ്യതിരിക്തമാണ് ജേയം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ജ്ഞാനം ഇല്ലാതാകുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ സുഹൃത്തിയിൽ ഈ ജേയങ്ങളിൽ നിന്നെല്ലാം വ്യതിരിക്തമാണ് ജ്ഞാനം അതുകൊണ്ട് സുഹൃത്തിയിൽ ഞയം ഇല്ല അതുകൊണ്ട് ജ്ഞാനം ഇല്ലാന്ന് പറയുന്നത് ശരിയല്ല അവിടെ ജ്ഞാനം കേവലമായ ജ്ഞാനം സ്വയംപ്രകാശമായ ജ്ഞാനം അവിടെ സ്ഥിതി ചെയ്യുന്നു അതിന് സ്വയം പ്രകാശമായി സ്വയം സ്ഥിതി ചെയ്യുന്ന ജ്ഞാനത്തിന് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ജയത്തിന്റെ ആവശ്യമില്ല അതിനാശ്രയിച്ച് നിൽക്കുന്ന അതിൻ്റെ ആവശ്യമില്ല ഈ ഇവിടെയിരിക്കുന്ന കസേരയുടെ ആവശ്യം വേണേൽ എനിക്കിരിക്കാൻ കസേര ഉണ്ടെങ്കിൽ എനിക്കിരിക്കാൻ പറ്റും ഞാൻ കസേരയിൽ ആശ്രിതമാണ് ശരിയാണ് ഞാൻ കസേരയിൽ ആശ്രിതമായതുകൊണ്ട് കസേര എന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റും അത് പറയാൻ പറ്റില്ല എന്റെ ഇരിപ്പിടമായതുകൊണ്ട് ഞാനതിൽ ആശ്രിതമാണ് അങ്ങനെ ആശ്രിതമായതുകൊണ്ട് തിരിച്ച് സംഭവിക്കണമെന്ന് പറയുന്നതിൽ വ്യക്തിയില്ല എന്നെ ആശ്രയിച്ചല്ല കസേരയിരിക്കുന്നു ഞാനിവിടുന്ന് മാറിപ്പോയാലും കസേര ഇവിടെയിരിക്കും അതുപോലെ എന്നിവിടെ പറയുന്നതും വ്യതിരേകുജ്ഞാനസ്യ ഞേയം വ്യതിരേകമാണ് ഞാനും ഞേയമായ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം എന്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം വേറെയാണ് അതുകൊണ്ട് ഇതില്ലെങ്കിൽ ഈ ജ്ഞാനവും ഇല്ലാതിരിക്കും എന്ന് പറയുന്നത് ശരിയല്ല നമ്മൾ സുഷൃത്തിയിൽ ജ്ഞാനമുണ്ട് ഞേയമില്ല അംഗീകരിക്കാം എന്നാണ് പറയുന്നു അത് ശരിയാവത്തില്ല ഞേയാഭാവ അദർശന അഭാവവും ഞാൻ പറയുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യണം അങ്ങനെ ഞാനും സ്വതന്ത്രമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞേയാഭാവം ന്യേയല്ലാതിരിക്കുന്ന സുഷൃത്തിയിൽ ഞാനും കാണുന്നില്ലല്ലോ ഇവിടെ ഇപ്പോൾ ഞേയമുണ്ട് ഞാനും ഉണ്ട് ഇതാ ഞേയമായ പ്രസവമുണ്ട് എനിക്ക് അതിനെ കുറിച്ചുള്ള അറിവുമുണ്ട് സുഹൃത്തി ഞേം ഇല്ല ശരിയാണ് അവിടെ ഞാനും ഇല്ല ആർക്കെങ്കിലും ഒരനുഭവമുണ്ടോ സുഹൃത്തിയിൽ അറിയുന്നു അനുഭവിക്കുന്നു സുഷുപ്തിയിൽ ഇല്ല സുഹൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ മൗനമായി പോകുന്നു ഒന്നും അറിഞ്ഞില്ല അവിടെ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അവിടെ ജ്ഞേയമില്ല ജ്ഞാനമില്ല എന്ന് പറഞ്ഞാലോ സുഷുപ്തി അഭ്യുഗമാ സുഷുപ്തിയിൽ ജ്ഞാനമുണ്ട് ആ സുഷൃപ്തിയിലെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ജപ്തി എന്ന് പറയുന്നത് ബോധം ജ്ഞാനം ജപ്തി എന്ന് വെറുതിരിക്കുന്നെങ്ങനെ ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം പുസ്തകത്തെ അറിയുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിൽ അറിവ് എന്ന് പറയുന്ന ഒരു അംശമുണ്ട് ആ ജ്ഞാനത്തിന് വിഷയമായിട്ടൊരു വസ്തുവുണ്ട് ജേയം എന്നു പറയുന്നൊരു വസ്തു ഉണ്ട് ഇതിനങ്ങോട്ട് വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ നമുക്ക് വേർപിരിക്കാൻ പറ്റൂ എനിക്ക് എന്റെ മേശപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തെ എടുത്ത് വേറെ എടുത്ത് മാറ്റി വയ്ക്കാൻ പക്ഷെ എന്റെ അറിവിൽ നിന്നിനെ മാറ്റാൻ പറ്റുമോ ഞാനിത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇതെന്റെ അറിവ് ഇത് പുസ്തകം എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാറ്റാൻ കഴിയത്തില്ല ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് പക്ഷേ ജ്ഞപ്തി എന്ന് പറയുന്നതോ അതിൻ്റെ ഭാവം കേവലമായ ഭാവം ഞാൻ സുഖമായി ഉറങ്ങി ഞാൻ ഇതുവരെ ഉറക്കത്തിലായിരുന്നു എന്നെന്നെ പരാമർശിക്കാൻ കഴിഞ്ഞ ആ ഭാവം ജ്ഞാനത്തിൻ്റെ ഭാവം സ്ഥിതി അതിങ്ങനെ ജ്ഞപ്തി എന്ന് പറയുന്നത് സുഹൃത്തിൽ അതുണ്ട് സുഹൃത്തിൽ അതില്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സങ്കല്പിക്കാൻ കഴിയില്ല അവിടെ അവസാനിച്ചു സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിപ്പോവും പിന്നെ സുഹൃത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല ജാഗ്രത ഒന്നും സങ്കല്പമില്ല സ്വപ്നമൊന്നും സങ്കല്പമില്ല ജ്ഞാനെന്നുള്ള സങ്കല്പമില്ല ഒന്നുമില്ല ശൂന്യതയെന്നുള്ള സങ്കല്പമില്ല ശൂന്യതയെന്നുള്ള നേരത്തെ പറഞ്ഞു ശൂന്യതയെന്നുള്ള സങ്കല്പത്തിന് സത്ത ആവശ്യമാണ് സത്ത ഇല്ലാതെ ശൂന്യതയെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല ശൂന്യതയുടെ സങ്കല്പം നിങ്ങളുടെ ശൂന്യതയുടെ സങ്കല്പം സത്താണോ അസത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്തെന്ന് പറയേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്യത്തിന് ഒരർത്ഥമില്ലാന്ന് പറയേണ്ടി വരും മുമ്പ് പറഞ്ഞതുപോലെ അത് സുശക്തിയിൽ എന്താണ് കേവലമായ സ്വയം പ്രകാശമായ ജ്ഞപ്തി ചൈതന്യം അത് പ്രകാശിച്ചിരിക്കുകയാണ് അതിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കാനായിട്ടൊന്നുമില്ല ഈ പറയുന്ന അജ്ഞാനമോ അല്ലെങ്കിൽ അജ്ഞാന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് കേവല ജപ്തി സ്വരൂപത്തിൽ നിന്നിട്ട് അത് തന്നെ നിൽക്കുന്നു സ്വപ്നത്തിൽ നിൽക്കുന്നു ജപ്തി അഭ്യുഗമാകും വൈനാശികയിൽ അഭ്യുഗം വിദേഹി സുഷുപ്തേനാസ്തിത്വം പറയുന്നു സുഹൃത്തിയിലും നിങ്ങൾക്ക് ജ്ഞാനാസ്തിത്വത്തെ സ്വീകരിച്ചാലേ പറ്റൂ ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എങ്ങനെ പ്രകടമായി എവിടെ നിന്ന് തുടങ്ങി ഇതിന് തുടക്കം വേണ്ടേ സമാധാനം കിട്ടാതെ അഭ്യുഗം വിതയെ സ്വീകരിക്കുന്നു സുഷുപ്തേവിജ്ഞാനിത്വം സുഹൃത്തിൽ വൈനാശികന്മാരല്ല സർവരും സുഹൃത്തിയിൽ തന്റെ അസ്തിത്വത്തെ സ്വീകരിക്കുന്നു തന്റെ അസ്ഥിത്വം പ്രകാശിക്കുന്നു തന്റെ അസ്തിരിക്കുന്നു പ്രകാശിക്കുന്നു പക്ഷെ അവരെന്താ ചെയ്യുന്നത് തത്രാഭി ഞേയത്വം അഭിഗമ്യതയും ശിശേനേ വിടെ ആ ജ്ഞാനം ജ്ഞാനത്തിന് ഞേയത്വം കൽപ്പിക്കുന്നു ജ്ഞാനം തന്നെ നെയുമായിരിക്കുന്നു ഒരേ ഒരു ജ്ഞാനത്തിൽ തന്നെ ജേയത്വം വരിക എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ നേയത്വം കൽപ്പിക്കാന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു എന്ന് പറയുക കാരണം കല്പിക്കുക സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനം സ്വതസിദ്ധമായിരിക്കുന്ന ജ്ഞാനം അത് ജ്ഞാനത്തിന് വിഷയമാണെന്ന് പറയുക നേ അതുകൂടെ അവർ സ്വീകരിക്കുന്നു തത്രാധി ഞേത്വ അഭിമന്യത ജ്ഞാനശ്യസേന ഇവ സ്വയം അതിനറിയുന്നു എന്ന് പറയുക അത് സാധ്യമല്ല അറിവിന് സ്വയം അറിയാൻ കഴിയത്തില്ല അതിൻ്റെ ആവശ്യമില്ല അറിവ് സ്വയം അറിവായിരിക്കുമ്പോൾ അതിനകത്ത് സ്വയം അറിയുന്നു ഇത് സ്വയം അറിവല്ല ഇത് എന്താണ് ജഡമായ ഒരു വസ്തുത ഉണ്ട് എന്റെ അറിവ് വന്ന് ഇതിനറിയുന്നു പക്ഷേ എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് സ്വയം അറിവായിരിക്കുമ്പോൾ അതിനറിയാൻ ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ല മറ്റെന് ആവശ്യമുണ്ടോ ഇല്ല അതിൻ്റെ സ്വഭാവമല്ലേ ഉണ്ട് എന്താണ് സ്വഭാവം അതാണ് അറിവ് അറിവെന്ന് പറയുന്ന സ്വഭാവം അതാണ് സുഹൃപ്തി അഭ്യുമാ വൈനാശികയിൽ അഭ്യമ്യത വിജ്ഞാനാസ്തിത്വം തത്ര വിജ്ഞയത്വഭ്യമ്യതുകൊണ്ട് അവർ പറയുന്നു എന്താണ് അവിടെ ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു ഞാൻ എന്നെ അറിയുന്നു പറയുന്നു അല്ലെ ഞാനും അറിയുന്നു ഇത് ചെയ്യുന്ന അത് ശരിയല്ല ഭേദസ്യ സിദ്ധത്വ സിദ്ധം ഹി അഭാവ വിജ്ഞേ വിഷയസ്യ അഭാവജ്ഞേയ വിദ്രയോ അന്യത്വം ശരിയല്ലയോരന്യത്വം ഞേയം വേറെ ജ്ഞാനം വേറെ ഇത് വേറെ ഇതിനറിയുന്ന അറിവ് വേറെ വ്യവഹാരത്തിൽ പറയുക പരമാർത്ഥത്തിലല്ല ഒന്ന് തന്നെ വ്യവഹാരത്തിൽ പറയും എന്താണ് ശുദ്ധം ഹീ അഭാവ വിജ്ഞേയ വിശേഷ്യ അഭാവ വിജ്ഞേയ വിശേഷ്യ ഇവിടുത്തെ എന്നെടുത്ത അഭാവം അഭാവജ്ഞയം അത് അത് വിഷയമായിരിക്കുന്നത് ഞാൻ അസിയാണ് അഭാവജ്ഞേയം അഭാവമാകുന്ന ആ ജ്ഞയത്തെന്ന് ബെതിരുകയാണ് ഞാൻ വേറെയാണ് ഞാൻ അഭാവവിജ്ഞയ വിഷയം അഭാവമാകുന്ന വിജ്ഞേയം ഇവിടെ ഇത് അഭാവമാണ് ഇവിടെ ഇപ്പോൾ പുസ്തകമില്ല അഭാവം ആഭാവം വിജ്ഞയമാണ് അഭാവവിജ്ഞ വിഷയ സിയ എന്തിനു വിജ്ഞയമായിരിക്കുന്നു ജ്ഞാനത്തിന് ഞാൻ നിശ്ചയം അഭാവജ്ഞയ വെതിരേഖ അതെന്താണ് ഈ അഭാവമാകുന്ന ജേയത്തിൽ വേറെയാണ് ജ്ഞാനം ജേയത്തിൽ വേറെയാണ് ജ്ഞാനം ജേയത്തെ വിഷയമാക്കുന്നു ജ്ഞാനം ജേയത്തിന് വിഷയി അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഞാനയോര് അന്യത്വം വേറെ ഞേയമായ വസ്തു വേറെ ഞാനും വേറെ ഇത് രണ്ടും വേറെ വേറെയാണ് ഞാനും ഞേവും വേറെയാണ് അപ്പോൾ അദ്വൈതത്തിൽ അങ്ങനെ ശരിയാവും അത് വ്യവഹാരത്തെക്കുറിച്ച് പറയുന്നു എപ്പോഴാണോ നിങ്ങൾ ഈ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തികമായി ഒന്ന് തന്നെ എന്നാലും വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയം വേറെയായിരിക്കുന്നു ഞാനും വേറെ ആയിരിക്കും അതുകൊണ്ട് പറയുന്നു എന്റെ അറിവ് അറിവുകൊണ്ട് ഞാൻ അറിഞ്ഞു ഇതെന്റെ അറിവിൻ്റെ വിഷയമാണെന്ന് നാം പറയുന്നു ആത്യന്തികമായി ഒന്നാണ് ആത്യന്തികമായി ഇവിടെ എന്താണ് ചിത്ത് ജഡം എന്നുള്ള ഭേദം നിൽക്കുന്നു എങ്ങനെ ചിത്തിൽ ആരോപിതമാണ് ജഡം എന്നുള്ള നിലയിൽ ചിത്തിൽ കൽപ്പിതമാണ് ജഡം എന്നുള്ളതല്ല അവിടെ ചിത്ത് കേവലമായ ബോധം മാത്രം അവിടെ എല്ലാം ആരോപിതമാണ് എന്ന് പറയാം ആ രീതിയിലാണ് ഇവിടെയും പറയുന്നു ജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമാണ് ജേയം ജ്ഞാനത്തിൽ ജേയം ആരോപിതമാണ് ആ രീതിയിലത് വേറെയാണ് മരുമരീചികയിലെ ജലം അവിടെ ആരോപിതമാണ് എന്ന് പറയുന്ന പോലെ എന്ന് പറയുന്നു സിദ്ധംഗി അഭാവ വിജ്ഞയ വിഷയസ്യ അഭാവമാകുന്ന വിജ്ഞയവിഷയ വിജ്ഞേയത്വ വിഷയമാക്കുന്ന ജ്ഞാനം അഭാവജ്ഞേയ വിതരക അഭാവമാകുന്ന വിജ്ഞേയത് എന്നു ഭിന്നമാണ് അന്യത്വം ഇത് രണ്ടുത്തരത്തിലും പറയാം ഒന്നും ഭിന്നമാണ് ഞാൻ ഈ വസ്തുവിനെ അറിയുമ്പോൾ എന്റെ അറിവിൽ നിന്നും ഈ വസ്തു ഭിന്നമാണ് അദ്വൈതം തന്നെ പറയുന്നു വിലപ്പുറം എന്താണ് അങ്ങനെയൊരു ഭേദമില്ല ഭേദമേ ഇവിടെയില്ല പരമാർത്ഥമാണ് പരമാർത്ഥം മാത്രമുള്ള ഭേദം വരുന്നു കേവലമായ പരമാർത്ഥത്തിൽ പിന്നെ ഈ ജ്ഞാനത്തിൽ നിന്ന് ന്യം വേറെ എന്ന് പറഞ്ഞതോ അത് ജ്ഞാനത്തിൽ ന്യം ആരോപിതമാണ് അത് വേറെ തരത്തിൽ അദ്വൈതം പറയുന്നതാണ് അറിവിൽ വിഷയങ്ങളെല്ലാം ആരോപിതമാണ് ശബ്ദസ്പർശരവും രസഗന്ധങ്ങളെല്ലാം എന്താണ് ഈ ബോധത്തിൽ ആരോപിതമാണ് ആരോപിതമായത് അന്യമല്ല അത് അദ്വൈതപക്ഷം ക്ഷണികവിജ്ഞാനവാദിയും അന്യമല്ലാന്ന് പറയുന്നുള്ളത് വേറെ പക്ഷം അതുവരെ എന്താ പറയുന്നത് ഇതൊന്നും അറിവിൽ നിന്ന് അന്യമല്ല ഇതെല്ലാം അറിവിലെ പ്രതീതികളാണ് അദ്ദേഹത്ത് ഇതറിവിൽ കല്പിതമാണ് ഇത് മിച്ചയാണോ ആ രീതി പറയും അതുകൊണ്ട് രണ്ടുതരത്തിലും പറയാം ന്യായം ജ്ഞാനത്തിന്ന് ഭിന്നമെന്നോ ജ്ഞാനത്തിൽ കല്പിതമായതുകൊണ്ടത് ജ്ഞാനത്തുനിന്ന് ഭിന്നമല്ലെന്നോ തത് അനന്യത്വം അങ്ങനെയും പറയാം അവിടെ ഇപ്പോൾ ബൗദ്ധന്മാരെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു ഈ ജ്ഞാനത്തിൽ നിന്ന് ഞായം അന്യമാണ് നിങ്ങൾ പറയുന്നതുപോലെ രണ്ടുമൊരു ഇതല്ല ഒരു ജ്ഞാനമല്ല എന്ന് പറയും